वैभवं അന്തരായോന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ന്തിലം മഹുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരഹുരുസാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി യാദേഹായ ദക്ഷിണമൂർത്തമധ്യം നി കരചരണമോത്രം സൂത്രം നോജാതിന് വർണ്ണവതി പുരുഷോ നസം നീക്കം നൈവാരം നമരണം നാപം തം നോ തഹജ സമരം സദ്ഗുരുമാശിവസമാരംഭാ ശമധ്യമം അസ്മദ്യപര്യ വന്ദേ ഗുരുപരം പരാ മൗനവ്യഖ്യകട്രഹത വർഷിന്വസദർശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്വിഭാസകാതയേ ശാന്യ സി േ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാ ഭഗവത്പാദിതാഷ്യകോസ് സതതും പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തമണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം ഋണ്മയവ്ജടാത്മകഹം ബുദ്ധിത്തോ നഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയാത്മനിഷ്ടമ സോഹം സ്ഫൂർത്തിതയാ അരുണാ ചലശിവ പൂർണോ വിഭാതി സ്വയം കരുണപൂർണസുധാബ്ധേ കബളിദഘന വിശ്വകിരണാവലിയരുണാചല പരമാരുണോഭവിത്തകുവി രുചലസർവൂ സ്ഥിവാ പ്രലീനമേതം ഹൃദ്യഹിത്മതയാ നൃത്യോ തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യത്ത പ്രവിഷ്ടയാമലധിയാ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലത്യീവാബധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത പശ്യതി യോഗീ ദീധതി അരുണാചലി മഹീയം തേ ത്യ്യർപ്പതമനസ പശ്യൻസൃതികയാ സതം ഭജത്തെ അനന്യ പ്രീത്യാ സജയത്യുണാച്ചലത്യസുഖേ മഗ്നഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാദാത്മരുപേണ ഭാതി ഹൃദിവിഷ മനസാ സ്വ ചിൻവതജത പവനചലന രുധാത്മനിഷ്ടോഭ ശോണ പ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ പ്രാണപ്രിയം നൌമി പിണേ കോണത്രയസ്ഥം കൂലൈവതം നഹം യോന്ത പ്രവിശ്യമമവാചയിമാസുപത സജീവയഖി ശക്തിധരസ്വധാ അനാശഹരണശ്രവത്ഗാദീൻ ോ ഭഗവത്തെ പുരുഷാഭ്യ ഓ പാർയ പ്രതിബോധിത സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണീ അഷ്ടധ്യ भगवद्गीते व्यास विशाल അമ്പ റമനുസാധി ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാല ബുദ്ധി ഫുല്ല പത്രേത്രന ത്യാ ഭാരതൈലപൂർണ പ്രജ്വാലി प्रपन्न पारिजातायां പ്രപ്പന്നിജാതോത്രവേത്രൈകാണേ पार्थो ജാനമുദ്രാഷുഹേനോപനിഷദോ ഗാവു ദോക്ോപാനന്ദനഹ പാർോ വത്സസുധീർഭോക്തഗ്ധീതമൃതം മഹത് വസുദുത ദംസാണൂരമർദന ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ൂക്കളങ്കു ലംഘയത്തെ ഗിരി യഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുദ സ്തുവ്യൈ സ്ഥവൈ വേദസക്രമോപനിഷദൈൻ ഗായഗാഹം ധ്യനവസ്ഥതഗത്തെ മനസാ പശ്യന്തിയം യോഗിനോ യന്തദുസുരാഗണ തസ്മൈ നമ പാർസാരഥി ശ്രാവി ശുഭിരും പാർത്ഥസാർത്തിഹരോ ദഹമൂർത്തിനുപേ പുനർജന്മ ദുഃഖാലയശാശ്വതം മഹാത്മാന സംസി ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യത്തിനെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു മാമുപേയ പുനർജന്മാുഃഖാലയം അശാശ്വതം നവ മഹാത്മാനഹ ഈ മഹാത്മാനഹ എന്നുള്ള പദം അപൂർവം ചില സ്ഥലത്ത് ഭഗവാൻ പ്രയോഗിക്കണം ഇവിടെ ഏതർത്ഥത്തിലാ പ്രയോഗിച്ചത് ഇനി ജനിക്കാതിരിക്കാനുള്ള വഴി ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവരാണ് മഹാത്മാ ജാതാ തേയേവ ജഗത്തീ ജന്തവ സാധു ജീവിത ശേഷാഹ ജരഠ ഗർധാഹ യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠൻ പറഞ്ഞു ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കാനുള്ള ജ്ഞാനം ആർക്കുണ്ടോ അവനെ ജനിച്ചിട്ട് പ്രയോജനമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വയസ്സായ കഴുതകളാണെന്നാണ് ജരട ഗർധാഹ കഴുതക്ക് ചുമട് വഹിക്കാൻ ഈ കഴുതക്ക് അതും പിന്നെന്തിനാ ജീവിക്കണത് വണ്ണാന്റെ കഴുത പോലെ എന്നൊരു ചൊല്ലുണ്ട് വണ്ണാന്റെ കഴുത ഒരു വയസ്സായി കഴിഞ്ഞാൽ അഴിച്ചുവിടും അഴിച്ചുവിട്ട് കഴിഞ്ഞാ അത് നാട്ടിൽ ഇങ്ങനെയും നടന്നു പഴയ കടലാസ് കുപ്പത്തൊട്ടിയും ഒക്കെ ഇങ്ങനെ അരിച്ചുപെറുക്കിക്കൊണ്ട് നടക്കും അങ്ങനെ ആ കഴുത പരിചയം കാരണം വയസ്സായി കഴിഞ്ഞാലും പിന്നെയും തിരിച്ച് വണ്ണാന്റെ വീട്ടിലേക്ക് തന്നെ പോകും എത്ര തല്ലുകൊടുത്താലും അവിടെ തന്നെ കിടക്കും വയസ്സായി കഴിഞ്ഞു അയിനിപ്പോ ചുമട് എടുപ്പിക്കാനൊന്നും വയ്യ അപ്പൊ വണ്ണാന്റെ വീട്ടിലൊരു നായ ഉണ്ട് നായ കഴുതടുത്ത് ചോദിച്ചു എന്തിനാ ഇപ്പൊ ഈ തല്ലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കണേ എവിടെങ്കിലും പോയിക്കൂടെ ഇഷ്ടം പോലെ പുല്ല് വൈക്കോലൊക്കെ എവിടെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ പോയിക്കൂടെ ഇയാളുടെ തല്ലും കൊണ്ട് ഭക്ഷണവും കിട്ടണില്ല എന്തിനാപ്പ ഇങ്ങനെ ഇരിക്കണല്ല ചെറിയൊരു ആശ എന്താ ആഗ്രഹം എന്നുവെച്ചാൽ വണ്ണാനൊരു മകളുണ്ട് ആ മകൾക്ക് കല്യാണമേ കഴിയണില്ല അപ്പൊ വണ്ണാനൊരു ദിവസം പറഞ്ഞു ഇത്രേ ഇങ്ങനെ ഒരു ജാതവും ചേരാതായി അവസാനം തന്നെ ഞാൻ ഈ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അത്രേ അപ്പൊ കിട്ടുവോന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു കഥ പറയും അതുപോലെയാണത്രേ ലൗകികന്റെ ലോകത്തിലുള്ള ജീവിതം നാളെ എന്തോ ഒരു സുഖം കിട്ടാൻ പോണോ എന്നാണ് നാളെ എന്തോ ഇവിടെ കിട്ടാൻ പോണോ അതാണ് ഇവിടെ ജരട ഗർഭ ആ എക്സാമ്പിൾ തന്നെ പറഞ്ഞത് ഇവിടെ ജര ജരായുക്ത ഗർഭപ വയസ്സായ കഴുത നാളെ എന്തോ കിട്ടാൻ പോണെന്നു പറഞ്ഞ് തല്ലും വിഷമങ്ങളും വേദനയും ഒക്കെ കൊണ്ട് ജയിലിൽ പെട്ടു എന്നാ പുറത്തു പോയി കൂടെ അതിനുള്ളിലുള്ള അരിയുണ്ട തിന്നുള്ള ആഗ്രഹം കാരണം ജയിലിനുള്ളിൽ നിൽക്കുക അതുപോലെയാണ് ഇതിനകത്ത് പല ദുഃഖങ്ങളുണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞു ദുഃഖാലയം അശാശ്വതം അശാശ്വതം വീണ്ടും തിരിച്ചു വരാതിരിക്കുന്നവനാണ് ബുദ്ധിശാലി പുനർജന്മില്ലാതിരിക്കണമെങ്കിൽ എന്തുവേണം ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ നോക്കണം അല്ലെ കാലത്തിന് യു ഹാവ് ടു ക്രോസ് ട്രാൻസൺ ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ ഞാൻ ജനിച്ചിട്ടുണ്ടല്ലോ ആര് ജനിച്ചു ജനിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ശരീരം ജനിച്ചു ശരീരം വളർന്നു ശരീരം പരിണമിച്ചു ശരി ഞാൻ ജനിച്ചത് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ ഈ ജനിച്ചു എന്ന് പറയണി ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ എന്നുള്ള അഭിമാനം ഹൃദയത്തിൽ അടങ്ങുകയും ജനനവും മരണവും ശുദ്ധ ചൈതന്യം ശുദ്ധപ്രജ്ഞ ഹൃദയത്തില് പ്രകാശിക്കുകയും ചെയ്യും അപ്പൊ അറിയാം അതിൽ ജനനം മരണമൊക്കെ തന്നെ തോന്നല വന്നുപോകണു അതിനിത്യനിരന്തരം ഏകസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജ്ഞാനമാണ് ഭഗവത് പ്രാപ്തി ആത്മസാക്ഷാത്കാരമാണ് ഭഗവത്പ്രാപ്തി അതിന് അർഹതയില്ലാത്തവൻ ജയന്റ് വെയിൽ കയറി ചക്രം സംസാര ചക്രഗതയെ പരമേശ്വരായ ധൃതരാഷ്ട്രം പറഞ്ഞു മഹാഭാരതത്തില് ഭഗവാന്റെ ആ ശക്തി എനിക്ക് മനസ്സിലാവണില്ലല്ലോ നമോ ദുരവോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ ഇതിൽ വിഷമുണ്ട് ഞാൻ ഇറങ്ങി പോയിക്കൂടെ അല്ലേ ഈ ജയന്റ് വെയിൽ കയറി ചുറ്റാന്ന് പറയുന്നത് സാമാനം സാമാന്യം വിവരം കെട്ട കാര്യാണ് തുല്യ വെയില് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് അത് ഇരിക്കുന്ന സീറ്റും ആടും അതും എടുത്തിട്ടിട്ടും മറിക്കും ഒരു വയസ്സിന് മുമ്പ് ഉള്ളിപ്പോയ വയമ്പ് മുതൽക്ക് പുറത്തേക്ക് വരും പെരട്ട അറി അറിയാതെ ഒരിക്കൽ കയറിപ്പോയതാണേ കയറിപ്പോയി ടിക്കറ്റ് എടുത്ത് കയറി ഇരുന്ന് സാമാന്യം ധൈര്യമായിട്ട് നോക്കാന്ന് ഇതിന്റെ ആദ്യത്തെ കുലുക്കം തന്നെ ഒരു കിടക്കിട്ട പിന്നെ അടുത്തിരിക്കുന്ന ആളുകൾ ധൈര്യം തരുവോ എന്ന് വെച്ചാൽ പരസ്പരം ഭീഷയത്യഹോ അടുത്തിരിക്കുന്ന ആളുകൾ നല്ലോണം പിടിച്ചോളണം കേട്ടോ ഇന്നലെയാണ് ഒരാൾ വീണ് തന്നെ ഇതാണ് സംസാരം ഉം ഇവിടെ പരസ്പരം ധൈര്യം കൊടുത്തുവിടെ എന്ന് വെച്ചാൽ അറിഞ്ഞോ ന്യൂസ് എന്താ എന്താ നമ്മുടെ അടുത്ത വീട്ടിലെ അയാളെ ഹോസ്പിറ്റലൈസ് ആക്കിയിരിക്കുന്നു എന്താ കാര്യം ഡയബറ്റീസ് കൂടിയെന്നാണ് അപ്പൊ ഇയാൾക്ക് ഇത്തിരി ഉണ്ടേ തുടങ്ങി അപ്പൊ പോയി ചെക്ക് ചെയ്താൽ കൂടി ഉണ്ടാവും ഇങ്ങനെ പരസ്പരം ഭയപ്പെടുത്തും വരും മരിച്ചു എത്ര വയസ്സായി അറുപത്തിയഞ്ചു വയസ്സായുള്ളു അയ്യോ നമുക്ക് എഴുപതായല്ലോ ഇതൊക്കെ ഭർത്തൃഹരി പറയണതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും വയസ്സിന് ചുരുങ്ങിയവരുടെ മരണം സമാന വയസ്കരുടെ മരണം വ്യാധി ഇങ്ങനെ അനേക ഭയപ്പാടുകള് പല വിധത്തിലുള്ള ഭയം ഇമാജിനറി ഫിയേഴ്സ് അങ്ങനെ ഈ ചക്രമങ്ങനെ ചുറ്റി മേപ്പെട്ടു പോയി തലയിട്ട് മറിച്ച് ഇറക്കി വിടാൻ പറഞ്ഞാൽ ഇറക്കി വിടുവോ നമ്മള് കൊടുത്ത പൈസ തീരണ വരെ അയാളിറക്കി വിടലേ ആ ചക്രത്ത അല്ലേ ഇതാണ് സംസാര ചക്രഗതയെ ധൃദരാഷ്ട്രം എനിക്ക് അറിയണുണ്ട് ഞാൻ ചെയ്യണതൊന്നും ശരിയല്ല എന്ന് അറിയണ്ട് എന്നാ ചെയ്യാതിരിക്കാൻ ഒട്ടും പറ്റണില്ല മോ ദുരവബോധം ഇതെപ്പോഴാണ് ധൃതരാഷ്ട്ര പറയണതെന്ന് വെച്ചാൽ വിതുരൻ വിതുരൻ അക്രൂരച്ച് എന്ന് പറയാണ് പാണ്ഡവർക്ക് വേണ്ടതൊക്കെ തിരിച്ചു കൊടുക്കൂ നിങ്ങൾ സമബുദ്ധിയോടുകൂടി ഇരിക്കൂ എന്നൊക്കെ ഉപദേശിക്കുമ്പോൾ ധൃതരാഷ്ട്രം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവണം പക്ഷെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് കാലപുരുഷൻ എന്റെ ബുദ്ധിയിൽ കയറി പ്രവർത്തിക്കണു തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയെ പരമേശ്വരായ സംസ്കൃതത്തിന്റെ ബ്യൂട്ടി അതിൽ കാണാം ദുരവബോധ വിഹാരതന്ത്ര അവൻ എന്തിനായി ഇങ്ങനെയൊക്കെ നമ്മളെ ചക്രം കളിപ്പിക്കണമെന്നാവോ അറിഞ്ഞൂടാ സംസാര ചക്രഗതയെ പരമേശ്വരായ ഈ ചക്രത്തിന്ന് പുറത്തു പോകുന്നവര് ഈ ചുറ്റലിൽ നിന്ന് പുറത്തു പോകുന്നവൻ രക്ഷപ്പെട്ടു അതെന്ന് പുറത്തു പോയവൻ പുനർജന്മമില്ല അല്ലെങ്കിലോ ഈ ചക്രത്തില് മുകളിൽ ഇരിക്കണവനും ചോട്ടലിരിക്കണവനും എല്ലാവർക്കും ചുറ്റലുണ്ട് ആ ബ്രഹ്മഭുവനാൽ ലോകാഹം പുനരാവൃത്തിനോർജുനാം മാമു കൗന്തേയാം പുനർജന്മ നവിദ്യത്തെ ബ്രഹ്മാവിന്റെ ലോകത്തിൽ ഇന്നലെ പറഞ്ഞുവല്ലോ ടൈം ലേ കാലം കാലത്തിന്റെ കണക്ക് പറഞ്ഞു അത് വലിയ കണക്കാണ് പക്ഷെ ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പോകും എന്നാലേ നമ്മള് കാലയളവ് പറഞ്ഞു ഞാൻ അല്പം വായി അത് ഭാഗവതത്തിന്ന് എടുത്ത് പറയാം എന്താണെന്നുവെച്ചാൽ ഇതൊക്കെ ഇപ്പൊ പിന്നീട് നിങ്ങൾ കേൾക്കുമ്പോഴും ഇതിന്റെ ശാസ്ത്രം കിടക്കട്ടെ ഇപ്പൊ പറഞ്ഞല്ലോ ശാസ്ത്രം പറഞ്ഞല്ലോ എന്നല്ലേ രാത്രി പകല് എന്നൊക്കെ പറഞ്ഞല്ലോ ആ ശാസ്ത്രം ഇപ്പൊ കിടക്കട്ടെ നോക്കൂ ദൃശ്യവസ്തുക്കളുടെ ഏറ്റവും സൂക്ഷ്മമായ ഘടകമാണ് പരമാണു എന്ന് പറയണത് ഇത് ശാസ്ത്രമാണെങ്കിലും നിങ്ങൾ ഇതിനകത്ത് കിടക്കട്ടെ അവിടെ ഇപ്പൊ ഗീതയില് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ പറയണു വിസ്തരിച്ച് പറയാണ് പരമാണു എന്ന് പറയണത് ആറ്റം അല്ല ആറ്റം ബ്രേക്കബിൾ ആണ് അത് അതിനേക്കാൾ സൂക്ഷ്മതമമായ ഘടകമാണ് എന്നുവെച്ചാൽ അൺബ്രേക്കബിൾ അതിന് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അത് മാറ്റർ അല്ല ആ പരമാണു അതിനെ വിഭജിക്കാൻ കഴിയില്ല അസംഖ്യം പരമാണുക്കൾ കൂടി ചേർന്നതാണ് സ്ഥൂല വസ്തുക്കൾ ഉണ്ടാവണത് അസംഖ്യം പരമാണുക്കൾ ചേർന്നിട്ടാണ് ഒരു ഒരു വസ്തു ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മൈക്ക് ഒക്കെ ഉണ്ടാവണത് പ്രപഞ്ചവസ്തുക്കളുടെ സൂക്ഷ്മഘടകം പരമാണുവും ഏറ്റവും വലിയ സ്വരൂപം പരമമഹാന് പരമമഹത്വം അസംഖ്യം പരമാണുക്കൾ കൂടി ചേർന്ന് ഉണ്ടായതാണ് പ്രപഞ്ചം എന്നതിനാൽ അതിൽ ജാതി വ്യക്തി വിശേഷഭേദങ്ങൾ ഇല്ല പ്രപഞ്ചം സൂക്ഷ്മമായും സ്ഥൂലമായും അനുഭവപ്പെടുന്നത് കാലവും സൂക്ഷ്മം സ്ഥൂലം എന്നിങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരിക്കണം ഈ പരമാണു തന്നെ കാലത്തിന്റെയും ഏറ്റവും സൂക്ഷ്മമായ ഗണന അതായത് മാറ്ററുടെ ഏറ്റവും സൂക്ഷ്മ ഗണനയാണ് ടൈമിന്റെ ഏറ്റവും സൂക്ഷ്മഘണന വളരെ വിചിത്രമാണ് അത്ര ഇന്നത്തെ ഫിസിക്സുകാരോട് പറഞ്ഞാൽ അവർ ഭ്രമിച്ചു പോവും അന്തം വിട്ടുപോകും കാലമും മാറ്ററും ഒക്കെ ഒന്നാവാണ് അവിടെ ഉം പ്രപഞ്ചം ബ്രഹ്മണ്ഡത്തെ മുഴുവൻ വ്യാപിക്കുവാൻ സൂര്യൻ എടുക്കുന്ന കാലത്തെ പരമമഹത് എന്ന് പറഞ്ഞുവരുന്നു സൂര്യന് പ്രപഞ്ചത്തിന്റെ അതിസൂക്ഷ്മഘടകമായ പരമാണുവെ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ കാലത്തെയും പരമാണു എന്ന് പറഞ്ഞു വരുന്നു രണ്ടു പരമാണുക്കൾ കൂടിയ സമയത്തെ അണു എന്ന് പറയും അവിടെ രണ്ടെണ്ണായി ഒന്നായി നിന്നെയെന്നു കണ്ടളവിൽ രണ്ടെണ്ണം ചേർന്ന അണു മൂന്ന് അണുക്കൾ കൂടി ചേർന്ന സമയമാണ് ത്രസരേണു സമയമാണ് കേട്ടോ അത് നോക്കൂ മാറ്റന്റെ ഏറ്റവും സൂക്ഷ്മഘടകം ടൈമായിട്ട് മാറുകയാണ് നിങ്ങൾക്ക് ഇപ്പം ഇത് മനസ്സിലായോ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ വെറുതെ കേട്ടുള്ളൂ അതൊക്കെ കിടക്കട്ടെ അവിടെ ഇപ്പൊ ഗീതയിൽ വരണത് കൊണ്ട് അവിടെ കിടക്കട്ടെ ഉം ത്രസര എണു എന്ന് വെച്ചാ മൂന്ന് അണുക്കൾ ജനലിൽ കൂടെ സൂര്യ അകത്തേക്ക് വരുമ്പോൾ ഓട്ടിന്റെ ദ്വാരത്തിൽ സൂര്യന്റെ പ്രകാശം ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻറെ ഉള്ളിൽ ഇങ്ങനെ കളിക്കണുണ്ടാവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് പൊടി പൊടിപൊടിയായിട്ട് കളിക്കണുണ്ടാവും ആ വെളിച്ചത്തിന്റെ ഉള്ളിൽ കാണാം അങ്ങനെ പാറിപ്പറക്കുന്ന അതിസൂക്ഷ്മങ്ങളായ പൊടികളാണ് ത്രസരേണുക്കൾ ഈ ത്രസരേണു പരമാണു അണുവായി മാറി ദ്വി അണുവായി മാറിയിട്ടാണ് പിന്നെ ത്രസരേണു ആവണത്തെ അവയിൽ ഒന്നിനെ കടക്കാൻ സൂര്യൻ എടുക്കുന്ന സമയവും ത്രസരേണു അതായത് ഒന്നിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് സൂര്യൻ എടുക്കുന്ന ടൈം അത് സെക്കൻഡ് ഒന്നുമല്ല സെക്കൻഡിനെ എത്രയോ സൂക്ഷ്മമായി വിഭജിച്ചു കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ആ ത്രസരേണുവിനെ സൂര്യന്റെ വെളിച്ചം പ്രകാശിപ്പിക്കണത്തെ മൂന്ന് ത്രസരേണുക്കൾ കൂടിയ സമയമാണ് ത്രുടി നൂറ് ത്രുടികൾ ചേർന്ന സമയത്തെ വേദം എന്ന് പറയുന്നു നൂറ് ത്രിടികൾ നൂറ് ത്രടികൾ വേദം മൂന്ന് വേദങ്ങൾ കൂടി ചേർന്നാൽ ഒരു ലവം മൂന്ന് ലവങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു നിമിഷം മൂന്ന് നിമിഷങ്ങൾ കൂടി ചേർന്നാൽ ഒരു ക്ഷണം അഞ്ചു ക്ഷണങ്ങൾ കൂടി ചേർന്ന സമയമാണ് ഒരു കാഷ്ഠ പതിനഞ്ച് കാഷ്ഠകൾ കൂടി ചേർന്ന സമയമാണ് ഒരു ലഘു പതിനഞ്ച് ലഘുക്കൾ കൂടി ചേർന്നാൽ ഒരു നാഴികയായി രണ്ട് നാഴിക സമയമാണ് ഒരു മുഹൂർത്തം ഏഴര നാഴിക സമയം കൂടി ചേർന്നാൽ ഒരു യാമം നാല് യാമങ്ങൾ പകലും നാല് യാമങ്ങൾ രാത്രിയും എട്ട് യാമം കൂടി ചേർന്നാൽ ഒരു ദിവസം പതിനഞ്ച് ദിവസങ്ങൾ കൂടി ചേർന്നാൽ ഒരു പക്ഷം രണ്ടു പക്ഷങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു മാസമാവും മനുഷ്യരുടെ ഒരു മാസം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാലെ പറഞ്ഞു കറുത്ത പക്ഷം പിതൃക്കൾക്ക് പകലും വെളുത്തപക്ഷം രാത്രിയുമാണ് മനുഷ്യരുടെ രണ്ടു മാസങ്ങൾ കൂടിച്ചേർന്ന സമയമാണ് ഒരു ഋതു ആറു മാസങ്ങൾ കൂടിച്ചേർന്ന സമയത്തെ ഒരയനം എന്ന് പറയുന്നു ഉത്തരായണം ദക്ഷിണായനം എന്നിങ്ങനെ രണ്ടു അയനങ്ങൾ കൂടിച്ചേരുമ്പോൾ മനുഷ്യർക്ക് ഒരു വർഷമാവും അതായത് സംവത്സരം മനുഷ്യരുടെ ഒരു സംവത്സരം ദേവന്മാർക്ക് ഒരു ദിവസമാണ് ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ് നൂറു വർഷമാണ് മനുഷ്യരുടെ ആയുസ് ഏകദേശം യോഗികൾ ചിലർക്കൊക്കെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തിയാറ് എന്നൊക്കെ ഏകദേശ കണക്ക് വിസ്തരിച്ചിട്ടുണ്ട് പക്ഷേ പൊതു പൊതുവെ ശതായുറുവൈഫ് പുരുഷ എന്നാണ് നൂറ് വർഷാണ് ഏകദേശം പറയണത് ഉം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ താരങ്ങൾ എന്നിവയുടെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലസ്വരൂപനായ സൂര്യൻ പരവാണുവിൽ ആരംഭിക്കുന്നതും സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതുമായ ഗതിയാൽ ലോകത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു സംവത്സരം സൂര്യന്റെ ഗതിക്കനുസരിച്ച് കണക്കാക്കി വരുന്ന കാലം പരിവത്സരം സപ്തതിയാകുന്ന ഗ്രഹത്തിന്റെ സഞ്ചാരമനുസരിച്ച് ഉണ്ടാകുന്നത് ഇടാവത്സരം മുപ്പത് ദിവസം വീതം ഒരു മാസത്തിന് കണക്കാക്കി പന്ത്രണ്ട് മാസം കഴിയുന്ന വർഷം അനുവത്സരം ചാന്ദ്രമാസപ്രകാരം വരുന്ന വർഷം വത്സരം നക്ഷത്രങ്ങളുടെ ഗതി അനുസരിച്ച് കണക്കാക്കുന്ന വർഷം ഇങ്ങനെ അഞ്ചു വിധത്തിൽ സംവത്സരത്തെ കണക്കാക്കി വരുന്നു ജീവജാലങ്ങളിൽ ബാല്യം യൌവനം വാർദ്ധക്യം എന്നീ അവസ്ഥകൾക്ക് കാരണമായി കാലമെന്നു പേരുള്ള തന്റെ ശക്തിയാൽ സൃഷ്ടിക്ക് വിഷയീഭവിക്കാവുന്ന പദാർത്ഥങ്ങളുടെ ഉള്ളിലെ വീര്യത്തെ പല വിധത്തിൽ ഉണർത്തിവിടുന്നവനും സകല കർമ്മങ്ങളുടെ ഫലമാകുന്ന സ്വർഗം നരകം മുതലായിട്ടുള്ളവ നൽകുന്നവനും മനുഷ്യരുടെ മോഹനിവൃത്തിക്കായി ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനും അഞ്ചുവിധ സംവത്സരങ്ങൾക്കും കാരണഭൂതനുമാണ് സൂര്യദേവൻ അദ്ദേഹത്തെ എല്ലാവരും ആരാധിക്കണം ഇതൊക്കെ ഭാഗവത്തിലെ കപിലോപാഖ്യാനത്തിലുള്ള കാര്യങ്ങളാണ് കൃതം ത്രേത ദ്വാപരം കലി ഇവയാണ് നാല് യുഗങ്ങൾ സന്ധ്യാംശങ്ങൾ കൂടി ചേർന്ന് പന്തീരായിരം ദിവ്യ കാലമാണ് ഈ നാല് യുഗങ്ങളുടെ കണക്ക് ദിവ്യ ദേവന്മാരുടെ ഒരു സംവത്സരത്തെയാണ് ദിവ്യസംസ എന്ന് പറയുന്നത് മനുഷ്യരുടെ മുന്നൂറ്റി വർഷം അതാണ് ഒരു ദിവ്യ അങ്ങനെ പന്തീരായിരം ദിവ്യസംസരമാണ് നാല് യുഗങ്ങളുടെ കണക്ക് നാലായിരം ദിവ്യവർഷങ്ങൾ കൃതയുഗത്തിനും മൂവായിരം ദിവ്യവർഷങ്ങൾ ത്രേതായുഗത്തിനും രണ്ടായിരം ദിവ്യവർഷങ്ങൾ ദ്വാപരയുഗത്തിനും ആയിരം ദിവ്യവർഷങ്ങൾ കലിക്കുമുണ്ട് കൃതയുഗത്തിന് എണ്ണൂറും ത്രേതായുഗത്തിന് അറുന്നൂറും ദ്വാപരയുഗത്തിന് നാന്നൂറും കലിയുഗത്തിന് ഇരുന്നൂറും ദിവ്യവർഷങ്ങൾ സന്ധ്യാംശങ്ങളായിട്ടുണ്ട് സന്ധ്യാംശങ്ങളുടെ ഇടയിലുള്ള കാലത്തെ മാത്രമേ യുഗങ്ങളായി കണക്കാക്കയുള്ളൂ അക്കാലത്താണ് യുഗധർമ്മം വിധിച്ചിരിക്കുന്നത് ആ കണക്കനുസരിച്ച് കൃതയുഗം നാലായിരവും ത്രേതായുഗം മൂവായിരവും ദ്വാപരയുഗം രണ്ടായിരവും കലിയുഗം ആയിരവും ദിവ്യ സംവത്സരങ്ങളാണ് ഇങ്ങനെ പോന്നു കാലത്തിന്റെ കണക്ക് ഇതിങ്ങനെ പറഞ്ഞ അവസാനം ഇന്നലെ പറഞ്ഞ രീതിയില് ബ്രഹ്മാവിന്റെ നൂറായുസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈമിനൊന്നും നമ്മളുടെ ടൈം കോൺസെപ്റ്റിനൊന്നും പിടിയേ തരില്ല നമ്മളുടെ കാലഗണനയ്ക്കൊന്നും പിടിയേ തരില്ല അത്രയ്ക്ക് അനന്തമായിട്ട് കിടക്കണു പക്ഷെ ആ അനന്തമായ കാലം ഈ ക്ഷണത്തിൽ ഇവിടെ നമ്മളുടെ അനുഭവമണ്ഡലത്തില് നമ്മളുടെ ബോധത്തില് നമ്മളുടെ സ്വരൂപത്തില് ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്ന ക്ഷണത്തില് ഈ കാലം മുഴുവൻ അടങ്ങും അനന്തമായ കാലം ഒരു ക്ഷണത്തില് അടങ്ങും ഇവിടെ ഇപ്പൊ തന്നെ അടങ്ങും അതാണ് ദേശകാലാവധി ഭ്യാം നിർമുക്തം എന്ന് പറഞ്ഞത് അനന്തമായ കാലം ഒരു ക്ഷണത്തിൽ അടങ്ങിപ്പോകുന്നു അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞു അപ്പൊ ഈ കാലത്തിനുള്ളൊക്കെ പെടണോന്നാ ചോദിക്കണം ഈ കാലമൊക്കെ ഇത്രയും ചുറ്റിത്തിരിയണോ വേണ്ടെങ്കിൽ ഭഗവത് പ്രാപ്തി നേടാം അതിനാണ് ഈ കാലോക്ക് പറഞ്ഞത് മാമുർജന്മാശാശ്വതം നാപ്വന്തി മഹാത്മാന സംസി ആബ്രഹ്മുവനോകരാവത്തിനോർജുന മാമുപേത്യു കൗന്യ പുനർജന്മാ അടുത്ത ശ്ലോകം നോക്കൂ സഹസ്രയുഗ പര്യന്തം അഹർമണോ വിദു രാത്രി യുഗസഹസ്രാതേ അഹോരാത്രവി നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ അഹോരാത്രവിദോജനം ്രഹ്മാവിന്റെ ആയിരം ചതുർയുഗങ്ങൾ കൂടിയതായി യാതൊരു പകലിനെയും ആയിരം ചതുർയുഗങ്ങൾ കൂടിയതായി യാതൊരു രാത്രിയെയും യോഗപലം കൊണ്ട് ആരറിയുന്നു അവർ രാവും പകലും അറിയുന്നവരാകുന്നു എന്ന് ടൈമിനെ അറിഞ്ഞവരാണ് ടൈമിനെ മോഡേൺ ഫിസിക്സിൽ ഒരുപാട് ചർച്ചകൾ നടന്നതാണ് സ്പേഷ്യോ ടൈം ഒരു സാധനമാണ് ടൈം സ്പേസ് സെപ്പറേറ്റ് അല്ല എന്നൊക്കെ പല വിധത്തിലുള്ള ടൈമിനെ അറിയണമെങ്കിൽ ഈ ബ്രഹ്മാവിന്റെ കാലം മുതൽക്ക് നീ അറിയണം എന്നാ അല്ലെങ്കിലോ സുഷുപ്തിയിൽ അറിയണം ഡീപ് സ്ലീപ്പിലും സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാതെ ഉറങ്ങുമ്പോ ടൈമുണ്ടോ ഇപ്പൊ കിടന്നതല്ലേ ഉള്ളൂ അപ്പോഴേക്ക് നേരം വിളിച്ചായാലോന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ കിടന്നതല്ലേ ഉള്ളൂ ടൈം എവിടെ പോയി ടൈമേ ഇല്ല കാലമില്ല കാലത്തിനെ വിഴുങ്ങിക്കളഞ്ഞു മനസ് ഉദിക്കുമ്പോ വീണ്ടും കാലം വന്നു ആനന്ദമായിരിക്കുമ്പോ കാലല്ല ദുഃഖം വരുമ്പോ കാലം വരും ബോർ അടിക്കുമ്പോ കാലം വരും ഞാനിപ്പോ ഇത് വായിച്ചോണ്ടേ പോയാൽ കാലം വരും ഇത് കുറെ നേരം വായിച്ചുകൊണ്ടേ നിങ്ങൾക്ക് കാലം വരും ഉള്ളിലേക്ക് നമ്മൾ കാലൻ കാലം പറയുന്ന ടൈമാണേ ആ ടൈം ഇവിടെ ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവിന്റെ ആയിരം രാത്രിയും ആയിരം പകലും അതൊക്കെ നിനക്ക് അറിയാമെങ്കിൽ നീ അഹോരാത്ര വിത്ത ബ്രഹ്മാവ് ഉറങ്ങുമ്പോ എല്ലാം പ്രളയത്തിൽ പോയി ലയിക്കുന്നു ബ്രഹ്മാവ് ഉണരുമ്പോ എല്ലാം ഉണരണം അവസാന കാലത്തെ ക്രമമുക്തി അവസാന കാലം പറയണ പ്രജാപതി ലയിക്കുമ്പോ എല്ലാം ലയിക്കും പ്രജാപതി എഴുന്നേൽക്കുമ്പോ എല്ലാം ഉദിച്ചു നമ്മൾക്ക് എങ്ങനെയാണല്ലോ രാത്രി ലയിക്കുമ്പോ പിണ്ടാണ്ടത്തിൽ നടക്കുന്നതൊക്കെ ബ്രഹ്മണ്ടത്തിൽ നടക്കും നമ്മള് കിടന്ന് ഉറങ്ങുമ്പോ എല്ലാം ലയിച്ചു ശരീരം പോയി മനസ് പോയി നമ്മളുടെ വ്യക്തിത്വം എല്ലാം പോയി എഴുന്നേക്കുമ്പോ എല്ലാം ഉദിച്ചു ദിവസം ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കേണ്ടത് രാത്രി ഉറങ്ങുമ്പോ അതാണ് നോക്കൂ അവ്യക്താ വ്യക്തയ സർവാഹ പ്രഭവന്യഹരാഗമേ രാത്രി ബ്രഹ്മാവിന്റെ ദിനം ആരംഭിക്കുമ്പോ അവ്യക്തം എന്നുവെച്ചാൽ കാരണപ്രകൃതിയിൽ നിന്നും സകല നാമരൂപങ്ങളും പോന്തി വരും സൂര്യാ ചന്ദ്രമസൗധാ യഥാപൂർവമകല്പയത് ദിവം ചൃഥി വീം ചന്തരി പറയുന്നതാണ് പൂർവകൽപ്പത്തിൽ എങ്ങനെ എല്ലാം ലയിച്ചുവോ അതേപോലെ തന്നെ സൂര്യ ചന്ദ്രമസൗ ധാത യഥാപൂർവമകല്പയത് പഴയ സൂര്യൻ ചന്ദ്രൻ ഒക്കെ തന്നെ പറയണം ദിവം ച പൃഥിവീം ച അന്തരീക്ഷം ഒക്കെ അഥോ സുവർലോകം എല്ലാം പുറത്തേക്ക് വന്നു അതേപോലെ നമ്മൾ ഉറങ്ങുമ്പോ തലേ ദിവസം രാത്രിയുള്ള സാധനങ്ങളൊക്കെ ലയിച്ചു അല്ലേ ഒന്നും നഷ്ടമായില്ലോ എഴുന്നേൽക്കുമ്പോ വേറെ ഒരു വ്യക്തിത്വത്തോടു കൂടെയാണ് എഴുന്നേക്കണതെങ്കിൽ പഴയ കാലത്തോ തലേ ദിവസത്തെ രാത്രിത്തോക്കെ മറന്നുപോയാ രാവിലെ എഴുന്നേക്കുമ്പോ വാസന മാത്രം നമുക്കില്ലെങ്കിൽ പൂർവ സംസ്കാരം ഇല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ആളുകൾ പരിചയപ്പെടേണ്ടി വരും വട്ടാളെന്ന് പറയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മേടെ അടുത്ത് പോയിട്ട് നമ്മൾ പേരൊക്കെ പറഞ്ഞു ഹൂവറിയു ചോദിക്കേണ്ടി വരും അമ്മയുടെ അടുത്ത് അച്ഛൻ എടുത്ത് ഭാര്യയെടുത്ത് ഭർത്താവിനെടുത്ത് ഒക്കെ ദിവസം രാവിലെ എണീറ്റ് ഒരു പരിചയപ്പെടുത്തൽ നട പരിചയപ്പെടൽ നടത്തേണ്ടി വരും ഒരു കുഴപ്പമില്ല അല്ലെ ഉറക്കത്തില് പോലും അറിയണു എങ്ങനെ അറിഞ്ഞു അപ്പോ ആ വ്യക്തികളുടെ ഐഡന്റിഫിക്കേഷൻ ആ ബീജം ആ അറിവ് അതേപടി ഉള്ളില് കടപ്പുണ്ട് ഇത് പിണ്ടാണ്ടത്തിൽ നടക്കണു ഇതുപോലെ തന്നെ ബ്രഹ്മണ്ഡത്തിലാണ് ഇവിടെ ഒരു ചോറ്റു വെറ്റെടുത്ത് ഞെക്കി നോക്കിയ ചോറ് മുഴുവൻ വന്നിട്ടുണ്ടോന്നറിയും അതുപോലെ നമ്മളെ പഠിച്ച പ്രപഞ്ചത്തിന് മുഴുവൻ പഠിക്കാം തലേദിവസം ലയിച്ചു അടുത്ത ദിവസം എഴുന്നേക്കണം ഇതേപോലെ മരണം ഒരു റിലേറ്റീവായിട്ട് ഒരു ലയമാണ് മരണസമയത്ത് ലയിച്ചു അടുത്ത ജന്മത്തിൽ വീണ്ടും എഴുന്നേറ്റു ഒന്നും നഷ്ടാവല്ല പണ്ട് വന്നതൊക്കെ പിന്നെയും പതുക്കെ പതുക്കെ ഓരോന്നായി സമയത്തിനനുസരിച്ച് പുറത്തെടുക്കും ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ഉപകരണങ്ങളുടെ ഡെവലപ്മെന്റിന് പുതിയ ശരീരത്തിൽ ഓരോന്നായി പുറത്തെടുക്കും എപ്പ പെട്ടെന്ന് വരില്ല അതാത് കാലത്തിനനുസരിച്ച് ഓ കുട്ടിയുടെ വാസന എന്ന് പറയുന്നു നമ്മൾ ആ വാസനയാണത് ആ പഴയ വാസനക്കനുസരിച്ച് ഓരോന്നായി പുറത്തെടുക്കും നമ്മൾ പഠിപ്പിക്കണമൊന്നുമല്ല നമ്മളൊരു കുഞ്ഞു വളരണതിനെ ശ്രദ്ധിച്ചാൽ സൃഷ്ടിയുടെ സീക്രട്ട് മുഴുവൻ വെളിവാകും നമ്മൾ പഠിപ്പിക്കാ അത് അത് കൊണ്ടുവന്നതിൽ ഒരു ചെറിയ അംശമേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലും സജഷൻസ് മാത്രമാണ് ആ സജഷൻസ് നോക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് അത് ആവിഷ്കരിച്ചു കൊണ്ടുവരികയുള്ളൂ കാണുന്നത് ഒരു കൊച്ചുകുട്ടിയെ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ഒരേ ക്ലാസ്സിലുള്ള അമ്പത് കുട്ടികൾ അമ്പത് വിധത്തിലാ ഇരട്ടപറ്റ രണ്ടെണ്ണം രണ്ട് വിധത്തിലാ എവിടുന്ന് വന്നു ഇതൊക്കെ പൂർവ സംസ്കാരാണ് പൂർവവാസനയാണ് ചിലരിൽ വളരെ പ്രബലമായിട്ടിരിക്കും അധ്യാത്മവാസന വളരെ പ്രബലമായിട്ടിരിക്കും നെഗറ്റീവായിട്ടുള്ള വാസനയും വളരെ പ്രബലമായിട്ടിരിക്കും കുട്ടികളിൽ തന്നെ കാണും മൂന്നര വയസ്സ് കുട്ടി പാട്ടുപാടുന്നു എങ്ങനെ സാധിച്ചു ജ്ഞാനസംബന്ധർ മൂന്നര വയസ്സ് കുട്ടിയെ ശരികാഴിയിൽ കുളത്തിന്റെ കരയിൽ വെച്ചിട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും കവിയായി അച്ഛൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും പാൽ വായി നീറ്റോണ്ടിരിക്ക കുട്ടിക്ക് വിശന്നുവേ വിശന്നപ്പോ അവിടെ ദേവിയുടെ വിഗ്രഹം ഉണ്ട് ദേവിയുടെ വിഗ്രഹം കണ്ടതും അമ്മിനെ കുടിക്കണമെന്നായി വിശിപ്പ് സഹിക്കു വയ്യാതായി അവിടെ പോയി കരഞ്ഞു അപ്പൊ പരമേശ്വരൻ ആവർഭവിച്ചു ശിവനാണ് വന്നത് പക്ഷെ പാല് കൊടുത്തു എന്നാണ് കഥ വർണ്ണിക്കുമ്പോ ശിവനെയാണ് വർണ്ണിക്കണത് എന്നുവച്ചാൽ അർജുനാരീശ്വരനായിട്ട് ദർശനം കൊടുത്തു എന്നാണ് ആ മൂന്നര വയസ്സ് കുട്ടി അച്ഛൻ വന്ന ആരാ തനിക്ക് പാല് തന്നത് എന്ന് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ നല്ല ആചാരമായ സംസ്കാരമായ കുടുംബാണ് അപ്പൊ എവിടുന്നെങ്കിലൊക്കെ വാങ്ങി ഭക്ഷണം കഴിച്ചോന്ന് ഒരു പേടിയാ ആരുതന്നു പാല് തോടുടെ വിടയേറിയോ തൂവെൻപതി പൂശിയൻ ഉള്ളം കവർ കൾവൻ ഏടുടയ മലരാണ് മുന അരുൾ ചെയ്ത പീടുടയ യസ് കുട്ടി പാടുന്ന പാട്ടാണോ അത് തോട് സ്ത്രീകൾ ധരിക്കണ ആഭരണാണ് പക്ഷെ വർണ്ണിക്കുന്നത് ശെവിയൻ എന്ന് പുല്ലിംഗത്തിലാണ് തോടുടയൻ വിടയേറി ഓർത്തൂവെൻ മതിശൂടി ആ ചന്ദ്രകലാധരൻ അതിനാണ് തൂവെൻമതി തൂവെൺ മതി ശൂടി കാടുടെ ഉള്ളം കവർ കൾവൻ കേരളത്തിലെ പുതിയതല്ലല്ലോ ശങ്കരാചാര്യരെ അഞ്ചു വയസ്സരിക്കുമ്പോഴാണ് അംഗം ഹരേ ഹേ പുളകഭൂഷണമാശ്രയന്തി ആചാര്യസ്വാമികളുടെ സ്തോത്രകൃതികൾ ഏറ്റവും മനോഹരം ഈ കനകധാരാ സ്തോത്രമാണ് അത് അഞ്ചു വയസ്സിലോ ആറു വയസ്സിലോ പാടിയതാ ഇന്തു ശബ്ദഭംഗ്യോധനം കാളിദാസനൊന്ന് അടുത്ത് നിൽക്കില്ല അത്ര ശബ്ദഭംഗ്യം ഹരേ പുളകൂഷണമാശ്രയ ഭൃംഗാംഗനേവുളാഭരണം തമാലം അംഗീകൃത വിഭൂതിരപാംഗലീലാംഗലാസ്തു മമ മംഗള ദത മുർ വിദധതി വലനേ മുരാരേ പ്രേമത്രപാ പ്രണിഹിതാഗതാ മാധു കരീവ മഹോത്പലേയാം സാമേശ്രിയം ദിശതു സാഗരസംഭവ എവിടുന്ന് വന്നു അവ്യക്താത് പഠിപ്പിച്ചിട്ടൊന്നും വരില്ലല്ലോ അത് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് വരുമോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുമോ എവിടെ പോയി പഠിക്കും എന്തൊക്കെ പ്രഹ്ലാദൻ പറയണ കാര്യം ഹിരണ്യകശ്യപു ഷണ്ടാമറുക്കന്മാര് അവരുടെ സ്കൂൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ചത് എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാത്തെന്ന് ചോദിച്ചാൽ അവർ പറയണത് ഞങ്ങൾ പത്തു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വരണില്ല എന്നാണ് അവൻ പറയണതിപ്പോ തിരിച്ചു പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് വേണ്ട എന്നാണ് അത് വരും കൊണ്ടുവന്നത്താതെ അതുപോലെ ഓരോരോ ജന്മത്തിലും അവിടെ പോയി അടഞ്ഞ് അടുത്ത ജന്മം അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല ഈ കേട്ട ഗീതയൊക്കെ അവിടെ കിടക്കും സമയ ആവുമ്പോ വിഘ്നം നീങ്ങിക്കഴിയുമ്പോ ഒക്കെ അങ്ങനെ മലവെള്ളം പോലെ വരും വിഘ്നം ഉണ്ടെങ്കിൽ ഇപ്പോഴൊന്നും പ്രകാശിക്കില്ല ഒക്കെ കേട്ടുവല്ലോ ഒന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ തോന്നും അതെന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ അനുഭവിക്കാനുള്ള അന്യാഭിനിവേശം അതൊക്കെ തീർന്നു കഴിയണവരെ ഇതെവിടെ കിടക്കും അത് കഴിഞ്ഞാല് പുതിയതൊന്നും അധികം ഉണ്ടാവില്ല സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ചെയ്യുന്നത് പുതിയ വാസനകളും കർമ്മങ്ങളും ചേർക്കുന്നതിന് ഒരു ബ്ലോക്ക് ഉണ്ടാവും തീർന്നു പോവും തീർന്നു പോകണം തീർന്നു പോയാൽ ഉള്ളിലുള്ളത് പ്രകാശിക്കുന്നു അതുകൊണ്ട് ഭയപ്പെണ്ട അപ്പോ ഈ കഴിഞ്ഞത് മുഴുവൻ അവിടെ കിടക്കും എന്നിട്ട് രാത്രി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ പുറത്തു നമുക്ക് ചില കാര്യങ്ങൾ പോലും രാത്രി ഉറങ്ങുമ്പോ എന്തെങ്കിലും സംശയം വെച്ചുകൊണ്ട് കിടന്നാലല്ലോ തെളിഞ്ഞില്ലല്ലോ തെളിഞ്ഞില്ലല്ലോ കിടന്നാൽ ചില ദിവസം നല്ലവണ്ണം ഡീപ് സ്ലീപ്പിൽ പോയാൽ ആ ഡീപ്പ് സ്ലീപ്പ് എല്ലാത്തിന്റെയും സീക്രറ്റ് അവിടെ ഉണ്ട് ശരിക്കും അങ്ങോട്ട് സ്വപ്നമില്ലാത്ത ഉറക്കത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പലപ്പോഴും രാത്രി ഏത് സംശയവും കൊണ്ടാണോ ഉള്ളിൽ പോയത് ആ സംശയത്തിന് നിവൃത്തിയോടുകൂടെ എഴുന്നേക്കും ഒരുപാട് പേര് കണ്ടിട്ടുള്ള കാര്യമാണ് അത് സംശയത്തിന്റെ നിവൃത്തിയോടുകൂടെ എഴുന്നേക്കും അവ്യക്തത്തിലേക്ക് പോകുന്നു വ്യക്തത്തിലേക്ക് വരണം അല്ലെ അവ്യക്തമാണ് ഒന്നും അറിഞ്ഞില്ല പിന്നെയും വ്യക്തത്തിലേക്ക് വന്നു അതാണ് ഭഗവാൻ പറയണത്തെ അവ്യക്താപ്രണയ കാലത്തിൽ എല്ലാം പോയി അവ്യക്തത്തിൽ ലയിക്കുന്നു സൃഷ്ടി തുടങ്ങുമ്പോ വീണ്ടും പുറപ്പെട്ടു വരുന്നു അവ്യക്തമെന്ന് പറയാൻ കാരണം ഒരു കൂരിരുള എന്നാണ് സുഷുപ്തി നമുക്ക് ഇരുളാണല്ലോ സദാ സീത്ത വേദം തന്നെ പറയുന്നതാണ് അവിടെ സത്വം അറിഞ്ഞില്ല അസത്വം അറിഞ്ഞില്ല കിമാസീത് ഗഹനം ഗഭീരം എന്തോ ഗംഭീരമായ എന്തോ എന്നുണ്ടായിരുന്നു തമ ആസീത് തമസാഗൂഢമഗ്രേ ഇരുട്ട് ഇരുട്ടിന്റെ മേലെ പെരണ്ട് കിടന്നു എന്നാണ് എന്നാ ആലോചിച്ചു നോക്കുക കൽപ്പന ഇരുട്ട് ഇരുട്ടിന്റെ മേലെ പെരണ്ട് കിടന്നു തമ തമസാഗൂഢം ഋഗ്വേദീയ സൂക്തമാണ് സൂക്തം ഇരുട്ടും നിശീഥേതമേ ആ ഇരുട്ടിലാണ് കൃഷ്ണൻ ജനിക്കണത്തെ വൈകുണ്ഠത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ വഴിയിലൊരു ഇരുട്ട് ഇരുട്ട് വെള്ളി കീറിക്കൊണ്ടാണ് പോണത് സുദർശനം മുമ്പില് അപ്പൊ ആ അവ്യക്തം സൃഷ്ടിയുടെ മൂല എന്തുകൊണ്ട് ഇരുട്ടെന്ന് പറയുന്നു കൂതീയം വിസൃഷ്ടി ഈ വിസൃഷ്ടി സൃഷ്ടി എവിടുന്നുണ്ടായി ആവോ ആർക്കറിയാന്ന് ഞാൻ ചോദിക്കണ വേദം സൃഷ്ടികർത്താവിനറിയില്ലേ വേദ വ ഉത്ത ന വേദ എന്ന അയാളെ അറിയുവോ അറിയില്ലയോ ആർക്കറിയാന്ന് തന്നെ ഈ സൃഷ്ടിയെ കുറിച്ച് വല്ല നിശ്ചയം ഉണ്ടോന്ന് വേദം പറയണത് എന്താന്ന് വെച്ചാൽ ഇത് ഇന്ദ്രജാലമാണ് ി യോ അസ്യധ്യക്ഷ പരമേ വ്യോമന് സഹ വേദ വേദ അയാൾക്ക് പോലും അറിയുമോ എന്നുള്ള കാര്യം നിശ്ചയില്ലാന്നു എന്തൊരു ഒരു ഒരു ഉത്തരവാദം നോക്കൂ വേദത്തിന്റെ ആണത്ര വേദം പറയണത്താണ് എന്നുവച്ചാൽ ഈ സൃഷ്ടി കാണപ്പെടുന്നതാണേ നീ കാണുമ്പോഴാണ് സൃഷ്ടി നീ കാണുന്നതിനൊക്കെ നീ ചോദ്യം ചോദിച്ചാൽ എന്തു പറയും നിങ്ങൾക്ക് എല്ലാം അറിയോ അറിയും ഞാൻ ഇന്നലെ എന്ത് സ്വപ്നം കണ്ടു പറയൂ നോക്കട്ടെ നിങ്ങൾ എന്റെ അടുത്തല്ലേ കിടന്നത് ഞാൻ എന്ത് സ്വപ്നം കണ്ടു പറഞ്ഞു പറയൂ നോക്കട്ടെ എന്തു പറയും നിനക്ക് തോന്നിയതൊക്കെ സ്വപ്നം കണ്ടാൽ ഞാൻ ഉത്തരം പറയാൻ ചുമതലപ്പെട്ടവനാണോ തന്റെ സ്വപ്നമൊക്കെ എനിക്ക് അതിനോട് സ്വാതന്ത്ര്യം ഉണ്ട് ഓരോ നീ സൃഷ്ടികർത്താവാണ് നീ സൃഷ്ടിച്ചു അത് സൃഷ്ടിയാണ് ആ സ്വപ്നം എവിടെ നിന്ന് അല്ലേ സ്വപ്നത്തിന് വല്ല സ്റ്റഫുണ്ടോ എന്നാലോചിച്ച് നോക്കൂ സ്വപ്നത്തില് നിങ്ങള് നല്ല ശാപ്പാട് കഴിച്ചു അവിയല് ഓലൻ പുളിശ്ശേരി എരിശേരി പായസം അടപ്രഥമനൊക്കെ കഴിച്ചു നിങ്ങൾ ഇതിന്റെ റോ മെറ്റീരിയൽ ഒക്കെ വിഴുങ്ങിട്ടാണോ കിടന്നത് അടപ്രഥമന് വേണ്ടതും അവിയലിന് വേണ്ടതും ഒക്കെ നുറുക്കി ഉള്ളിലിട്ടിട്ടാണോ കിടന്നത് ഒന്നൂല്ല പഷ്ണിയാണ് അരവയത്തിന് കഴിച്ച് പഷ്ണിയോടെ കിടന്നതാണ് അപ്പോഴാണ് ഈ അടപ്രഥമനും അവിയലും ഒക്കെ സ്വപ്നം കാണുന്നത് ഒരു സാമഗ്രിയല്ല ഒരു വസ്തുവുമില്ലാതെയാണ് ഋ അർത്ഥം യത് പ്രതീത ചത്മനി തദ്ദ്യ ആത്മനോ മായാസോ യഥാമഹിഭൂത്ത ഭൂതു ഉച്ചാവചേ അനുപ്രവിഷ്ട്രവിഷ്ടാ ഭാഗവതത്തില ചതോകി ഭാഗവതാണ് എങ്ങനെയാ കണ്ടത് എന്ന് വെച്ചാൽ അർത്ഥം പ്രതീയത ഒരു സാമഗ്രിയുമില്ലാതെ കാണപ്പെടുന്നു ആത്മാവിനെ നോക്കുമ്പോ ന പ്രതീയത ചൈതന്യത്തിലോ ഇതൊക്കെ എവിടെ ഉണ്ടോ സാമഗ്രി വലതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാമഗ്രിയുമില്ല ചൈതന്യം മാത്രമേ ഉള്ളൂ പിന്നെ ഈ ചൈതന്യത്തിൽ ഇത്രയൊക്കെ നാമരൂപങ്ങളും അവിയലും ഓലനും പുളിശ്ശേരിയും എരുശ്ശേരിയും ഒക്കെ എവിടെ വന്നു സർവ്വമസ്തി ചിത നീ എന്ത് സങ്കല്പിക്കൂ അതവിടെ ഉണ്ടാവും നീ എന്ത് സങ്കല്പിക്കുക അതവിടെ ഉണ്ടാവും എന്ത് വേണമെങ്കിലും സൃഷ്ടി ചെയ്യാനുള്ള പവർ സർവമസ്തി ആ അവ്യക്തത്തിൽ എല്ലാം ഊറിക്കിടക്കണു എല്ലാറ്റിന്റെയും മൂല സാമഗ്രിയാണ് വേണം പറയൂ വരും നീ എന്ത് ആഗ്രഹിക്കു വരും അതാണ് ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ അർജുനന്റെ അടുത്ത് പറയണത് എന്ന് എന്ത് ഇഷ്ടപ്പെടുന്നു കണ്ടോളൂ എന്നാണ് അല്ലാതെ ഞാൻ കാണിച്ചു തരാമെന്നല്ലാ എന്ന് പറയണത് ഭഗവാൻ പറയണത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അർജുന കണ്ടോളൂ എന്നാണ് ഒക്കെ കണ്ടോളൂ തനിക്ക് എന്തൊക്കെ കാണണോ അതൊക്കെ അർജുനന്റെ വാസനാമയ പ്രപഞ്ചത്തിനെയാണ് അർജുനൻ കാണുന്നത് അതുകൊണ്ടാണ് ദ്രോണോ ദ്രോണനെയും ദുര്യോധനനെയും ഒക്കെ കണ്ടിട്ട് കർണനെ പറയുമ്പോ ആ വിശ്വരൂപദർശനത്തിൽ അടക്കം അർജുനന്റെ ദേഷ്യം അതിനകത്തുണ്ട് സൂതപുത്രഥാസവും ആ വിശ്വരൂപ ദർശനത്തിൽ പോയി സൂതപുത്രൻ എന്ന് പറയണോ അയാളുടെ വാസനയെ തന്നെയാ കാണുന്നതേ സർവേ അവനിപാല സംഘാഹ എല്ലാം കാണുന്നു ബ്രഹ്മാവ് മുതൽക്ക് എല്ലാ ദേവതകളെയും കാണും എല്ലാം തന്റെ മണ്ഡലത്തിലാണ് കാണുന്നത് ഇഹൈകസ്തം ജഗത്കൃസ്നം പശ്ചാദ്യ സാചനം മമദേഹേ ഗുഡാഗേഷുന്നതാണ് നിനക്ക് എന്തൊക്കെ ഇഷ്ടം ഉണ്ടോ ഒക്കെ കണ്ടോളൂ എന്നാണ് എന്താ ഈ അവ്യക്തത്തിൽ എന്തു വേണമെങ്കിലും വരും നിൽക്കും മറയും അവ്യക്താ വ്യക്ത സർവാഹാ പ്രഭവന്തി അഹരാഗമേ രാത്രിയാകമേ പ്രളീയന്തി അതൊക്കെ ആവരണം വരുമ്പോ ഒക്കെ മറിയും ചെയ്യും തത്ര അവ്യക്തസംജ്ഞ ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാവണത് എന്ന് പറഞ്ഞു നോക്കൂ അടുത്ത ശ്ലോകം നോക്കൂ ഭൂതഗ്രാമസ്സേ വയം ഭൂീയത രാത്രി പ്രഭവത്യഹരാഗമേ हे അർജുന ഭൂതഗ്രാമ എന്നുവെച്ചാൽ എൺപത്തിനാല് ലക്ഷം ജീവരാശികൾ സ്പീഷീസ് നമ്മൾ ശാസ്ത്രം പറയണതാണ് അത് എല്ലാ കാലത്തും ഉണ്ടാവും അത്രേ നിങ്ങൾ ഈ കാലത്ത് ഈ ജീവൻ പോയി ഈ സ്പീഷീസ് പോയി ആ സ്പീഷീസ് പോയി എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെയൊക്കെ ബീജം അവിടെ അവിടെ ഉണ്ടാവും നത്തി ആ എൺപത്തിനാല് ലക്ഷം ജീവരാശികളും സയേവൂതഗ്രാമ ഒരേ കണക്കെന്നാണ് ഒരു വിധത്ത് പറഞ്ഞ വളരെ സിമ്പിളാണ് ഒരേ കണക്ക് ആ ഭൂതഗ്രാമം സയേവ ഭൂത്വാ ഭൂത്വാ പ്രളയത്തെ വീണ്ടും ലയിക്കും വീണ്ടും പൊന്തും വീണ്ടും ലയിക്കും വീണ്ടും പൊന്തും പ്രളയത്തില് പോയി ലയിക്കും പ്രളയം കഴിഞ്ഞാൽ വീണ്ടും പൊന്തി വരും പോയി ലയിക്കും വീണ്ടും പൊന്തി വരും ഇതേപോലെ പോയ കല്പത്തില് ഇതേ തെക്കേ മഠത്തിൽ ഇരുന്ന് ഇതേ സമയത്ത് നമ്മൾ ഗീത കേട്ടിട്ടുണ്ടെന്നാണ് ഇതേ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ചിരിച്ചിട്ടുണ്ട് ചക്രം ഒരേ പോലെയാണെന്ന് നിങ്ങളൊക്കെ അതേപോലെ ഞാൻ ഇതേപോലെ ഇരുന്നിട്ടുണ്ട് അത് പ്രകൃതിയിലുള്ള സയേവഭൂതഗ്രാമഹ പുറത്തു വരുന്നത് അതേ ഭൂതഗ്രാമമാണ് വരുന്നത് വീണ്ടും പ്രളയത്തിൽ പോയി ലൈക്കും വീണ്ടും പ്രളയത്തിൽ നിന്ന് പുറത്തു വരും പൂർവകല്പത്തിൽ കണ്ടവരൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് എവിടെങ്കിലും എടുത്ത് വെച്ച് കാണും സത്സംഗത്തിൽ ക്ഷേക്കേണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞ കൽപ്പത്തിൽ കണ്ടതാണ് അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത് കണ്ടപ്പോ പറയോ എന്തോ ഒരു പഴയ സുഹൃത്തിനെ കണ്ട പോലെ തോന്നുന്നു ഇപ്പോഴത്തെ സുഹൃത്താണ് കഴിഞ്ഞ കൽപ്പത്തെ സുഹൃത്താണ് ആര് കണ്ടു ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ വീണ്ടും ലൈക്കും വീണ്ടും പൊന്തി അങ്ങനെ അവശ അർജുന അവശമാണെന്ന് പ്രകൃതിയെ വശാത്ത ഒക്കെ അവശ്യമായിട്ട് ചെന്ന് ലയിക്കുകയും വീണ്ടും പൊന്തി വരുന്നു പൂർവകൽപ്പത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപന ജംഗമ ലക്ഷണമായ ആ പ്രാണി സമുദായം തന്നെ വേറെയല്ല എന്നർത്ഥം അസ്വതന്ത്രമായിട്ട് പകലാരംഭിക്കുമ്പോൾ ജനിക്കുകയും രാത്രി ആരംഭത്തിൽ ലയിക്കുകയും ലയം പ്രാപിക്കുകയും ചെയ്യുന്നു പിന്നെയും അത് പകലാരംഭിക്കുന്ന കാലത്ത് അസ്വതന്ത്രമായിട്ട് തന്നെ ജനിക്കുന്നു വീണ്ടും പുറമേക്ക് ബ്രഹ്മാവ് മുതലായിട്ടുള്ള ദേവതകളൊക്കെ തന്നെ അങ്ങനെയാണെന്നാണ് അവരൊക്കെ പ്രളയകാലത്ത് ലയിക്കുന്നു വീണ്ടും പൊന്തി വരുത്തുന്നു ഓം അക്ഷരം ബ്രഹ്മ എന്ന് തുടങ്ങിയ ശ്ലോകങ്ങളെ കൊണ്ട് മുൻവിവരിക്കപ്പെട്ട അക്ഷരത്തെ പ്രാപിക്കാനുള്ള ഉപായത്തെ കാണിച്ചു ഇപ്പോൾ ഇവിടെ ആ അക്ഷരത്തിന്റെ തന്നെ സ്വരൂപത്തെ കാണിക്കുന്നതിനും ഈ യോഗമാർഗം കൊണ്ട് തന്നെയാണ് അതിനെ പ്രാപിക്കേണ്ടത് എന്ന് വേണ്ടി ഭഗവാൻ പറയുന്നു നോക്കൂ അടുത്ത ശ്ലോകം നോക്കും പരസ്തമാോ അവ്യക്തൃക്ത സാതനു ഭൂത നശ്യത്സു ന വിനശ്യത്തി ഈ അവ്യക്ത പ്രകൃതിയിൽ ലയിക്കുകയും അവ്യക്ത പ്രകൃതിയിൽ നിന്നും പുറത്തു വരികയും ചെയ്യാ ചെയ്യാത്തതായ ഒരു ഭാവമുണ്ട് പ്രകൃതിയല്ലാതെ അതാണ് ഭഗവാൻ പറഞ്ഞത് യഹ തസ്മാത് അവ്യക്താത് ആ പ്രകൃതിയിൽ അന്യമായിട്ട് അന്യഹ പരഹ അവ്യക്ത ഈ അവ്യക്തം അവ്യക്തം എന്ന് പറയാൻ കാരണം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വേദ്യമല്ലാത്തതാണ് അതുകൊണ്ടാണ് അതിനെ അവ്യക്തമെന്ന് പറഞ്ഞത് അതിനു പുറകിലുള്ളത് അപ്പൊ അതിനെക്കാളും അവ്യക്തമായിരിക്കണമല്ലോ പരസ്പസ്മാവോന്യോ അവ്യക്തോ അവ്യക്താത്ത് പക്ഷെ ആ അവ്യക്തം സനാതനഹ അത് സനാതനമായതാണ് സർവേഷു ഭൂതേഷു എല്ലാ പ്രാണി സമുദായങ്ങളിലും ശരീരം നശിക്കുകയും മനസ്സ് നശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നവിനശ്യതി നശിക്കാത്തതായ ഒരു ഇരുപ്പ് നശിക്കാത്തതായ ഒരു ഉണർവ് അവബോധം ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് തുടർന്നു നിൽക്കുന്നു തു എന്ന ശബ്ദം കൊണ്ട് ഇനി പറയുവാൻ ഭാവിക്കുന്ന അവ്യക്തമായിരിക്കുന്ന അക്ഷരം മൂലപ്രകൃതിയായ അവ്യക്തത്തിൽ നിന്ന് ഭിന്നമാണെന്ന് കാണിക്കുന്നു അക്ഷരം എന്ന് പറയപ്പെടുന്ന പരബ്രഹ്മം അത് അവ്യക്തത്തിൽ നിന്ന് വ്യതിരിക്തമാണെങ്കിലും രണ്ടിനും ഒരേ ലക്ഷണമായിരിക്കാം എന്നുള്ള ശങ്കയെ പരിഹരിക്കാൻ വേണ്ടിയാണ് അന്യ എന്ന വിശേഷണം ആ അക്ഷരത്തിന് ഈ അദ്ധ്യായത്തിന് ഭഗവാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് അക്ഷരബ്രഹ്മയോഗം എന്നാണല്ലോ പറഞ്ഞത് വീണ്ടും അതുകൊണ്ട് അക്ഷരത്തിലേക്ക് വരികയാണ് നോക്കൂ അടുത്ത ശ്ലോകം നോ അവ്യക്തോക്ഷര ഇന്ദ്രിഭ്യർ അർഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാ മഹാൻ പര മഹമവ്യക്തം അവ്യക്ത പുരുഷ പര പുരുഷാന്ന പരം കിഞ്ചിത് സാഷ്ട്രമാണം ഉപനിഷത് മന്ത്രമാണ് പുറമേ ഉള്ള വിഷയങ്ങളെക്കാളും ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മങ്ങളാണ് കണ്ണ് ചെവി മുതലായി ഇന്ദ്രിയ ഗോളകങ്ങളെക്കാളും അതിൻ്റെ തന്മാത്രകള് സൂക്ഷ്മമാണ് ആ ഇന്ദ്രിയ തന്മാത്രകളൊക്കെ മനസ്സിലുണ്ട് സ്വപ്നത്തിൽ കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു മൂക്കില്ലാതെ മണക്കുന്നു നാവില്ലാതെ രുചിക്കുന്നു ത്വക്കില്ലാതെ സ്പർശിക്കുന്നു അപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാളും സൂക്ഷ്മമാണ് മനസ് എവിടെയോ ഒരിടത്ത് പോയി ലയിക്കുന്നു ഇല്ലാതാവണില്ല ലയമാവണു അല്ലേ ആ ലയമാണ് അവ്യക്തമെന്ന് പറഞ്ഞു മനസ്സ് ബുദ്ധിക്ക് വശംവതമാവണു ബുദ്ധി മനസ്സോടുകൂടി എവിടെയോ ലയമാവണു ആ അവ്യക്തം ആ അവ്യക്തത്തിലോ ബുദ്ധേര ആത്മാ മഹാൻപരാഹ മഹാൻ ആത്മാ അഭിമാനത്തിന്റെ ദേവത അത് അവ്യക്തത്തിലെ ലയമാവുന്നു എവിടെയോ പോയി മറഞ്ഞു പ്രളയകാലത്തില് മരണകാലത്തില് ആ അവ്യക്തത്തിനും ഇരിപ്പിടമായ പരമപുരുഷൻ പുരുഷോത്തമൻ ഭഗവാൻ ചൈതന്യം ആ ചിത് സമുദ്രം ഈ അവ്യക്തത്തിനും ആധാരമായിട്ടിരിക്കുന്ന ആ ചിത് സമുദ്രം ആ പരമേശ്വരൻ പരമമായ ഗതിയാണെന്നാണ് അവിടെ എത്തുമ്പോ ഒക്കെ അവസാനിച്ചു സാഷ്ട അതിനപ്പുറം പോവാൻ വയ്യ അവിടെ എല്ലാം പൂർണ്ണമായി പുരുഷ ഏവേദം വിശ്വം കർമ്മ ബ്രഹ്മ പരാമൃതം നിങ്ങൾക്ക് ആ പട കൺഫ്യൂഷൻ ആവേണ്ടവായിരിക്കും സാറല്ലേ ഒത്തിരി കൺഫ്യൂഷൻ ആവണത് നല്ലതാ ഇത്തിരി കൺഫ്യൂഷൻ ആയാൽ നമ്മൾ ഇത്തിരി ചിന്തിക്കും ഇത് ശാസ്ത്രം എങ്ങനെയാണ് നിവൃത്തിയില്ല ആദ്യം നിന്നെ പറഞ്ഞല്ലോ ഈ അധ്യായം ക്രമമുക്തിയുടെ ആണ് ചെയ്യാനുള്ള നമ്മളുടെ അവ്യക്തമായ ഒരു റോഡാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ട് വരണത് എവിടെ പറഞ്ഞു അവ്യക്തോ അവ്യക്താത് സനാതന അവ്യക്തോ അക്ഷര അക്ഷരം വെച്ചാൽ അഴിവില്ലാത്തത് തമാഹു പരമാംഗതി അത് തന്നെ പരമമായ ഗതി തദ്വിഷ്ണോ പരമം പദം യം പ്രാപ്യ അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്ദേ വീണ്ടും തിരിച്ചു വരില്ല അതാണ് അത് തന്നെ എൻ്റെ വൈകുണ്ഠം ഭഗവാൻ പറഞ്ഞത് ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും ബാക്കിയില്ലയോ ഏതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പ്രാപിക്കാനൊന്നും ഇല്ലയോ ഏതൊന്നിനെ നേടിയെടുത്തു കഴിഞ്ഞാൽ പുനർജന്മം മരണം മുതലായിട്ടുള്ള ചക്രങ്ങൾ ഇല്ലയോ ഏതൊന്ന് അഖണ്ഡമോ പൂർണമോ ജനന മരണമില്ലാത്തതോ ലിംഗാതി ഭേദങ്ങൾ ഇല്ലാത്തതോ അപൂർണധാമം ആണ് പുരുഷോത്തമൻ എന്ന് പറഞ്ഞത് ആ ഭഗവത് പദത്തിനെ ഭഗവാന്റെ ധാമത്തിനെ ഭഗവാൻ ഇവിടെ വർണ്ണിച്ചു അതാണ് ഭാഗവതം തുടങ്ങുമ്പോ ധാമനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധിമഹീന്ന് പറഞ്ഞു ധാമനാസ്വേന സദാ നിരസ്തകുഹകം ഒരു മറയുമില്ലാത്ത സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ധാമം അത് പ്രകാശിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ പ്രകാശിക്കുന്നത് തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാത്തി ആ പരമധാമത്തിനെ ഭഗവാൻ ഇവിടെ വർണ്ണിച്ചു ഇനി നോക്കൂ ശരി ആ പരമധാമത്തിനെ എങ്ങനെ പ്രാപിക്കും ഭഗവാനെ ഏതോ സ്ഥലം പറഞ്ഞു എങ്ങനെ പോണമെന്നറിയില്ല ഏതോ പരമധാമം പറഞ്ഞു അതെങ്ങനെ പ്രാപിക്കണം എന്നറിയില്ല ആ പരമധാമത്തിനെ പ്രാപിക്കാനുള്ള വഴിയും കൂടെ ഒന്ന് പറഞ്ഞ് നന്നാ കൊള്ളാം അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് നോക്കാം സ പര ഭക്ത്യസ്ഥാനി ഭൂതമിദം തതം വളരെ ലളിതമാക്കി ഹേ പാർത്ഥ നിങ്ങളൊക്കെ ഈ ജീവരാശികളൊക്കെ എന്റെ ഉള്ളിൽ എന്നുവച്ചാൽ ആ പരമേശ്വരന്റെ ഉള്ളിൽ തന്നെ ഗുംഭിതമായിട്ട് ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലും പുറത്തുമൊക്കെ ആ പരമപുരുഷൻ വ്യാപിച്ചിരിക്കണമെന്ന് എന്നിട്ട് കാണാൻ വയ്യല്ലോ എന്തു ചെയ്യാമറ്റോ അലക്ഷ്യം സർവഭൂതാനാം അന്തർബിരവസ്ഥിതം എന്ന് പറഞ്ഞ് കുന്തി അന്തർബിര അവസ്ഥ ഉള്ളിലും പുറമെയൊക്കെ നിറഞ്ഞു നിൽക്കണു പിന്നെ എന്താ കാണാത്ത അലക്ഷ്യം അവഗണിച്ചു ഒന്നാണ് കണ്ടില്ല കൂട്ടാക്കിയില്ല ഒരു മത്സ്യം ചോദിച്ചു അത്ര പറഞ്ഞാൽ എന്താണ് ഒരു മത്സ്യം കടലിലുള്ള മത്സ്യം ചോദിക്കുകയാണ് വെള്ളം വെച്ചാൽ എന്താ അപ്പൊ മീനിനോട് പറഞ്ഞോടൂ തന്റെ ഉള്ളിലും മത്സ്യ വെള്ളമാണ് പുറത്തും വെള്ളമാണ് ഇനി മനസ്സിലാവണില്ല എന്താന്ന് വെച്ചാൽ കാണണമെങ്കിൽ ഡിസ്റ്റൻസ് വേണമല്ലോ പുറത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ പുറത്ത് വന്നാ പിന്നെ അകത്ത് പോണംഹി ജഷാണാമിതം ഭഗവാൻ ആരാന്ന് വെച്ച വെള്ളം മത്സ്യത്തിന് വെള്ളം പോലെയാണ് നമുക്ക് ഉള്ളും പുറവും ഒക്കെ നിറഞ്ഞു നിൽക്കും എന്നിട്ടോ എവിടെ എവിടെ എവിടെ എവിടെ കാണാനോ ഭഗവാനല്ലേ ഉള്ളത് കാണാൻ വയ്യല്ലോ കാണുന്നവൻ ആരാ കാണുന്ന കണ്ണിന് കണ്ണായിരിക്കുന്ന വസ്തുവെന്താണ് സാക്ഷിയായി പ്രകാശ ചി ചിദ് കണ്ണിലൂടെ കാണുന്നത് കാണപ്പെടുക എന്നുള്ള എന്താണ് ശരി ആ പരമപുരുഷനെ എങ്ങനെ കാണും ഭക്യാ ലഭ്യഹ ഭക്തി ചെയ്യണം പ്രേമഭക്തി ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അനന്യഭക്തി എന്നാണ് അനന്യഭക്തി എന്താ കുമിള കടലിനെ അറിയാൻ ഒരു കുമിളയ്ക്ക് എന്താ വഴി കടലായിട്ട് തീരണം കുമിള കടലിൽ നിന്ന് പൊന്തി അങ്ങനെ സമുദ്രം എന്താണ് സമു എനിക്ക് സമുദ്രത്തിനെ ടേസ്റ്റ് ചെയ്യണം എന്ന് പറയാണ് ഒറ്റ വഴിയേ ഉള്ളൂ സമുദ്രത്തിൽ വീഴണം ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴം നോക്കാൻ പോയ പോലെ പോകണം പിന്നെ തിരിച്ചു വന്നിട്ട് പറയാൻ പറ്റുമോ ഒരു ഉപ്പുപാവ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മൂന്നു നാല് സമുദ്രത്തിൽ സ്നാനം ചെയ്തിട്ടാണ് വരണത് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പറ്റുമോ അതുമായിട്ട് ഏകീഭവതി ഇവിടെ ഭക്തി തന്നെ അനന്യ ഭക്തി എന്ന് വെച്ചാൽ അന്യമായിട്ട് നിൽക്കണില്ലർത്ഥം ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് നിൽക്കണില്ല ഭഗവാൻ പിരിഞ്ഞു നിൽക്കണില്ല പുരുഷസ പര പാർത്ഥ ഭക്തൃ അനന്യാ അനന്യ ഭക്യാ പരമേശ്വര നയ്യതി നൃണോതി നയതി സ ഭൂമാത്ര അയത് പശ്യതി അന്യത് ശൃോതി അന്യത് വിജതി തദ്ൽപ്പം ഭൂമേവ അമൃതം നൽപേ സുഖമസ്കോപനിഷത്ത് പറഞ്ഞു കൊടുത്തു നാരദൻ സനത് കുമാരൻ പറഞ്ഞു കൊടുത്തു എവിടെ അന്യം കാണുന്നുണ്ടോ അന്യത്തിനെ മണക്കുന്നുണ്ടോ അന്യത്തിനെ രുചിക്കുന്നുണ്ടോ അവിടെ അല്പമാണ് എവിടെ അന്യമേ ഇല്ലയോ സകലതും ആത്മൈവം സർവം എല്ലാം എപ്പോ ആത്മസ്വരൂപമായിട്ട് അറിയപ്പെടുന്നു അപ്പൊ പൂർണ്ണമായിരുന്നു അതാണ് അനന്യഭക്തി എന്ന് പറഞ്ഞത് അന്യമേയില്ല ആ പരമേശ്വരനിൽ നിന്നും അന്യമായിട്ട് നിന്നാൽ അവൻ പശുരേവസഹ എന്നാണ് ശ്രുതി പറയണത് അവൻ പശുവാണെന്നാണ് അനന്യഭക്തി ആചാര്യസ്വാമിയുടെ ഭാഷ്യം ജ്ഞാനലക്ഷണയാ ഭക്ത ആത്മവിഷയ്യ ഭക്ത ആത്മവിഷയമായ ഭക്തി കൊണ്ട് സലഭ്യ ഭഗവാനെ ആത്മസ്വരൂപമായി അറിഞ്ഞുകൊണ്ട് തന്നിൽ എന്താന്ന് വെച്ചാൽ ഞാനീ തുത്മൈവമേ മതം എന്ന് പറഞ്ഞു ആത്മാ തന്നെയാണ് ഞാൻ എന്നിൽ നിന്ന് അന്യനല്ല എന്ന് പറഞ്ഞു ഭഗവാനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കണില്ല കുമള സമുദ്രത്തിൽ നിന്ന് പിരിഞ്ഞു നിൽക്കണില്ല അതുപോലെ അഖണ്ഡാകാരമായി തീരുന്ന ഭക്തി അവൻ അറിയുന്നു ഏന സർവമിതം തത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിനെ തന്റെ സ്വരൂപമായിട്ട് അറിയുന്നു ചലേ വിഷ്ണുസ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമു സ്ഥാ ജംഗമം വിഷ്ണു വിഷ്ണു ജഗത്ത് അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോ അയാൾക്ക് പിന്നീട് ജനനം വരണമെന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ നീരോധോ ന ഉത്പത്തി നദ്ധോ നധകുക്ഷു നുക്ത പരമാർത്ഥത ഈ ശ്ലോകത്തിന് അർത്ഥം പറയാതിരിക്കണതാണ് നല്ലത് ശ്ലോകമായിട്ട് അവിടെ ഗൗഡപാദാചാര്യ അവൻ സൃഷ്ടിയെ ജയിച്ചവനാണ് അവന് മുക്തി ബന്ധം ഒക്കെ പോയി നിത്യമുക്തമായ ആത്മാസദ പ്രകാശിക്കുന്നു അവന് ആവൃത്തിയും ജനനവും യാത്രയും ചലനവും അവൻ ഇവിടെ തന്നെ ഇവിടെ തന്നെ അവൻ ആകാശരീരിയായിട്ട് തീരുന്നുനായിട്ട് തീരുന്നു പ്രാണേഷിതമായ ബ്രഹ്മത്തെ ധ്യാനം ചെയ്യുന്നവരും കാലാനുക്രമത്തിൽ മുക്തിയെ പ്രാപിക്കുന്നവരുമായ ഈ പ്രകൃതിയിൽ പറയപ്പെടുന്ന യോഗികൾക്ക് ബ്രഹ്മപ്രാപ്തിക്കു വേണ്ടി ഉത്തരായണ മാർഗത്തെ ഉപദേശിക്കുക ആവശ്യമാകുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി ഭഗവാൻ എത്ര കാല ശ്ലോകം ആരംഭിക്കുന്നു നോക്കൂ ഇത്രയും പറഞ്ഞിട്ട് ഇനിയിപ്പോ മുമ്പ് പറഞ്ഞല്ലോ ക്രമമുക്തി ആ യോഗികൾ ആ യോഗികളുടെ യാത്രാ സമയങ്ങളെയൊക്കെ പറയാം ഇതൊക്കെ വേദപ്രതിപാദ്യമായ ദേവയാന മാർഗത്തിലെ ചില കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അവസാനം ഈ ശ്ലോകം നമ്മൾ വായിച്ച അർത്ഥം പറഞ്ഞ് ഗീത യജ്ഞം സമർപ്പിക്കാം നമ്മൾ ഒരു കാര്യം അറിഞ്ഞാ മതി സകല ശാസ്ത്രങ്ങളുടെയും സാരം ആത്മജ്ഞാനം എന്നുള്ളതിൽ അവസാനിക്കണം എല്ലാത്തിന്റെയും ലക്ഷ്യം അതാണ് അവനവന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ശരീരമല്ല ശരീരം വളരുന്നു പരിണമിക്കുന്നു നശിക്കുന്നു ശരീരത്തിന് അന്യമായി ഞാൻ എന്നുള്ള അനുഭവം എല്ലാവർക്കും സിദ്ധാണ് ഈ ഞാൻ എന്നുള്ള അനുഭവം കയ്യേടോ കയ്യോ കാലോ തലയോ ഒന്നും അല്ല ബുദ്ധിയോ അല്ല പിന്നെ ഈ ഞാൻ എന്നുള്ളത് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ അഖണ്ഡമായ പൂർണ്ണമായ ചിത്ത് ചൈതന്യം ഹൃദയത്തിൽ പ്രകാശിക്കും ആ ശിവം അതാണ് എന്റെ സ്വരൂപം ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവും ഇതാണ് സർവശാസ്ത്രത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് യാത്ര ചെയ്യാൻ പുറപ്പെട്ട ജീവൻ ഒരുപക്ഷെ ഈ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഭയപ്പെടാനൊന്നുമില്ല വീണ്ടും ഈ ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല നടുവിൽ ഒരുപാട് യാത്രാ ദിവ്യമായ ക്ഷേത്രങ്ങൾ ഉണ്ട് ഇതൊരു ദിവ്യമായി തീർത്ഥയാത്രയാണ് എന്ന സമാശ്വാസനത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയണം ഇവിടുന്ന് വിട്ട് ഇവിടുന്ന് വിട്ടു അല്ലത്തുനിന്ന് വിട്ടു അമ്മാ തൊട്ട് എത്തിയില്ല എന്നാവില്ല എന്നർത്ഥം വിട്ട ഇല്ലത്തില് ഉണ്ണാനും പോണ വഴിയിൽ കിട്ടും ഒന്നും ഭയപ്പെടാനില്ല ഇവിടെയാണ് ദുഃഖാലയ മശാശ്വതം ഈ സ്ഥലത്ത് നമ്മളെ പുറപ്പെടുവിക്കാനാണ് ഭഗവാൻ ദുഃഖാലയമ ശാശ്വതം എന്ന് പറഞ്ഞിട്ട് ഓണവഴിയിലുള്ള പിതൃലോകം ദേവലോകം കർമ്മദേവന്മാരുടെ ലോകം ഗന്ധർവലോകം സിദ്ധചാരണന്മാരുടെ ലോകം ഒക്കെ മേലെയുള്ള ലോകങ്ങളാണ് ഇതൊക്കെ ഈ ലോകത്തിനേക്കാളും ശ്രേഷ്ഠമായ ലോകങ്ങളാണ് ഇവിടുത്തെ അത്രയും ദുഃഖത്തിന്റെ വിഷമില്ല ഇവിടെയുള്ള ഏറ്റവും സുഖമായി ജീവിക്കുന്ന ആളെ ഉപനിഷത്ത് പറഞ്ഞു യുവാ സാത് സാധു യുവാധ്യായക ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടം പൃഥിവി സർവാത്ത പൂർണ സാത് സേകോമാനുഷ ആനന്ദ ഒരു ഹ്യൂമൻ ഫുൾഫിൽമെന്റിന്റെ ഹയസ്റ്റ് അയാൾക്ക് ധാരാളം സ്ഥലണ്ട് ധാരാളം നല്ല കുടുംബുണ്ട് സുന്ദരിയായ ഭാര്യ ഉണ്ട് നല്ല കുട്ടികളുണ്ട് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളുണ്ട് എല്ലാം ധർമ്മത്തിനനുസരിച്ച് നിക്കുന്നു ഇയാൾക്കും നല്ല ശാസ്ത്രജ്ഞാനുണ്ട് ഇയാളും ധർമ്മത്തിനനുസരിച്ച് നിൽക്കണു ഇയാൾക്ക് നല്ല സുഖമുണ്ട് സംതൃപ്തി ഉണ്ട് സംതൃപ്തമായ ഒരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യന് കാഷിക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് പറഞ്ഞിട്ട് പറയാണ് ഇതിന്റെ നൂറിരട്ടിയാണ് ഗന്ധർവന്മാരുടെ എന്ന് പറഞ്ഞു അതിന്റെ ഒരു നൂറിര നൂറിരട്ടി പിതൃക്കളുടെ ഗന്ധർവന്മാരുടെ കർമ്മദേവന്മാരുടെ ദേവന്മാരുടെ ഇതൊക്കെ നൂറു നൂറ് മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ പോവാണ് ഇന്ദ്രന്റെ പ്രജാ ബൃഹസ്പതിയുടെ പ്രജാപതിയുടെ അപ്പൊ ഒന്നും നഷ്ടാവാനില്ല എന്നർത്ഥം പത്താം ക്ലാസ്സിൽ തോറ്റാലും നാലാം ക്ലാസ്സിന് പഠിപ്പിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പത്താം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിലും നാലാം ക്ലാസ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കുവാനും കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കാന്ന് നോക്കുക അടുത്ത ശ്ലോകം എത്ര കാലേ ത്വനാവൃത്തി ആവൃത്തിം ശൈവ യോഗിന ഹേ ഭരദർഷ ഭരതേഷ്ഠ എത്ര കാലയത്തു ഏതു കാലത്തിലാണോ പ്രയാത ഇവിടുന്ന് പുറപ്പെട്ടു പോയ ആള് ശരീരം ഇട്ടുപോയ യോഗി സാധാരണ ആളുകളുടെ അല്ല നല്ലവണ്ണം ഓർത്തോളം ഈ ഉത്തരായണ ദക്ഷിണായന കാലമൊന്നും സാധാരണ ആളുകൾക്ക് വിഷയമല്ല നമ്മളിപ്പോ പറയും ഉത്തരായണകാലത്ത് മരിച്ചു വളരെ നന്നായി ദക്ഷിണായകാലത്ത് മരിച്ചു വിഷമാണ് അമ്മാവാസ ദിവസം പോയി എന്നൊക്കെ പറയാം അതൊന്നും കാര്യമില്ല ഇവര് യോഗികളാണെങ്കിൽ മാത്രമേ ഈ കാല കണക്കൊക്കെ പ്രയോജനമുള്ളൂ അല്ലാത്ത ആളുകള് മഹാപാപിയായിട്ടുള്ള ഉത്തരായണകാലത്തിൽ പൗർണമി ദിവസം മരിച്ചത് കൊണ്ട് ആവില്ല ഇത് യോഗികളുടെ കണക്ക് മാത്രമാണ് അപ്പൊ ആ കണക്ക് നോക്കാം അത് ഹേ അർജുന ഞാൻ പറഞ്ഞു തരാം കേട്ടുകൊള്ള യോഗിന ശബ്ദം കൊണ്ട് കർമ്മനിഷ്ഠന്മാർ എന്നും ധ്യാനനിഷ്ഠന്മാർ എന്നും പറയപ്പെടുന്നു അതായത് ഇവിടെ കർമ്മകാണ്ട അനുഷ്ഠാനങ്ങൾ വേദ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രവൃത്തി നിഷ്ഠന്മാരായി ശ്രോത്രിയന്മാരായി നല്ലവണ്ണം വേദാധ്യയനം ചെയ്ത് അഗ്നിഹോത്രമോ ഔപാസനമോ ബ്രഹ്മയജ്ഞം മുതലായ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഫലേ ചെയ്യാതെ ഇരിക്കുന്നവരും ഫലകാമനം പോകാത്തവരും രണ്ടു കൂട്ടരുണ്ട് അവര് പണത്തിനു വേണ്ടി ഒന്നും അലഞ്ഞു നടന്നില്ല ഒന്നും കിട്ടാൻ വേണ്ടി ഓടി നടന്നില്ല ഒരാഗ്രഹവുമില്ല വേദം പറഞ്ഞ ധർമ്മം അനുഷ്ഠിച്ചു അവരുടെ കാര്യാണ് ഇവിടെ കണക്കിലെടുക്കണത് എന്നാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം അല്ലാതെ സാധാരണ ആളുകളുടെ കാര്യത്തില് പറയാൻ അഭിപ്രായമൊന്നുമില്ല എന്നാണ് നമുക്ക് യൂയം യൂയം വയം വയം നന്നു അപ്പോ നോക്കും അടുത്ത ശ്ലോകം നോക്കൂ അഗ്നിർജ്യോതിരഹുക്ല ഷമാസാവുത്തരാണ തയാതീ ബ്രഹ്മബ്രഹ്മവിദോജന അഗ്നി അഗ്നി അഭിമാന ദേവത ജ്യോതി അർച്ച അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ദേവത അഹഹ പകലിനെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ദേവത ശുക്ലഹ ശുക്ല പക്ഷ അഭിമാനിയായ ദേവത ഷൺമാസാഹ ഉത്തരായണം അതായത് ധനുർമാസം തൊട്ട് തുടങ്ങി ആറുമാസം അങ്ങനെ ആറുമാസ ഉത്തരായണകാലം ഉത്തരായണ അഭിമാനിയായ ദേവത തത്ര പറയാത്ത ആ കാലങ്ങളിൽ പുറപ്പെടുന്നവര് എന്നുവെച്ചാൽ ശരീരം വിട്ടുപോകുന്ന യോഗികൾ ബ്രഹ്മഗഛന്തി എന്നാണ് എന്നുവെച്ചാൽ അവര് പ്രാപിക്കുന്നു അവർ ബ്രഹ്മജ്ഞാനികളാവുന്നു ക്രമേണ എന്നർത്ഥം അഗ്നി കാലാഭിമാനിയായ ദേവതയാകുന്നു അതുപോലെ ജ്യോതിസ് ഇതൊക്കെ ഈ കാലത്തില് ഇവര് മരണത്തെ പ്രാപിക്കുന്ന ഉപാസകന്മാർ ക്രമേണ ബ്രഹ്മപഥം പ്രാപിക്കുന്നു ജീവൻ മുക്തന്മാരുടെ കാര്യല്ല ജീവൻ മുക്തന്മാര് ഇവിടെ തന്നെ പ്രാപിച്ചവരാണ് ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നതസ്യ പ്രാണ ഉത്മന്തി അവരുടെ പ്രാണൻ പുറത്തൊന്നും പോകുന്നില്ല ഇവിടെ തന്നെ പൂർണമാവുന്നു ഈ ക്രമമായിട്ട് പോകുന്ന ആളുകാര് ഏത് സമയത്ത് പുറപ്പെടും നമ്മളിപ്പോ രാഹു കാലം അതും ഇതൊക്കെ നോക്കിയിട്ട് പുറപ്പെടില്ലേ അതുപോലെ യോഗികൾ പുറപ്പെടുന്നതാണ് ഇവിടുന്ന് വിദേഹമുക്തിക്ക് തയ്യാറായിട്ട് ഈ കാലം നോക്കി അവർക്ക് അഗ്നി വഴി കാണിച്ചു കൊടുക്കാൻ അഗ്നിയുടെ സൂക്ഷ്മ ദേവതകൾ ഉണ്ടാവും അത്രേ പല യോഗികളും അഗ്നി വേദസമ്പ്രദായത്തിൽ അഗ്നി മുഖ്യമാണ് അഗ്നി എല്ലാ വീട്ടിലും പഴയ കാലത്ത് ഔപാസനം എല്ലാവർക്കും ഉണ്ടാവും ഔപാസനമൊക്കെ പോയപ്പോഴാണ് ഈ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊടുത്തി വെക്കുക വന്നത് ൗപാസനം എന്നുള്ള കർമ്മം ബ്രാഹ്മണർക്ക് മാത്രല്ല ത്രൈവർണികന്മാർക്ക് ആ അഗ്നിയിൽ തന്നെയാണ് ഈ ശരീരത്തിന് എരിച്ചു കളയ അവസാനാവുമ്പോൾ ആ അഗ്നിയെ രണ്ടു കാലവും ഉപാസിക്കും ആ ഔപാസനാഗ്നിയോടുകൂടെയാണ് ഒരു ഗൃഹസ്ഥൻ ജീവിക്കുന്നത് സ്ത്രീയും പുരുഷനും കൂടെ അഗ്നിയെ ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പേരാണ് വിവാഹം അല്ലാതെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ വിവാഹമാവില്ല എന്നാണ് അതിൽ സ്ത്രീക്കാണ് മുൻതൂക്കം പുരുഷൻ ഇല്ലെങ്കിലും പുരുഷൻ എവിടെയെങ്കിലും ഒക്കെ പോയാലും ആ അമ്മയ്ക്ക് അഗ്നികാര്യം പക്ഷെ ആ അമ്മ ഇല്ലെങ്കിൽ ഇയാൾക്ക് അഗ്നികാര്യം ചെയ്യാൻ പറ്റില്ല എത്ര പ്രാധാന്യ കൊടുത്തിരിക്കണം നോക്കണം പത്നി ഇല്ലെങ്കിൽ ഇയാൾക്ക് ചെയ്യാൻ പറ്റില്ല ഇയാൾ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാം ലാജട്ട് മന്ത്രജൊല്ലി ലാജടാം അങ്ങനെ ആ വെച്ചുകൊണ്ട് ആ അഗ്നിയിൽ തന്നെയാണ് അവസാനം ബ്രഹ്മമേധ സംസ്കാര നല്ല വൈദിക നിഷ്ഠന്മാരായിട്ടുള്ളവരെ സംസ്കരിക്കാം അതൊരൊക്കെ ഒരു സമ്പ്രദായം ഇതൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണ് ഉള്ളൂ എന്തെങ്കിലും കുറെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമല്ലോ ഇതൊന്നും കാണാനുള്ള ഭാഗ്യം നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ വാക്കുകളെങ്കിലുമൊക്കെ നമ്മളെ ഓർമ്മയിൽ അവിടെ എവിടെ അതിനുവേണ്ടി പറഞ്ഞു അത്രേ ഉള്ളൂ വാക്ക് എവിടെയോ കേട്ടു അല്ലേ അത് ഉള്ളിൽ കിടക്കുമല്ലോ അതിനുവേണ്ടി പറഞ്ഞു അത്രേ ഉള്ളൂ ഔപാസനം വൈശ്വദേവം ബ്രഹ്മയജ്ഞം ഇത് സാധാരണ ഉണ്ടാവും അഗ്നിഹോത്രം എന്ന് പറയുന്നത് അപൂർവ്വം ഉണ്ടാവും എന്നുവെച്ചാൽ അതിന് പശുബദ്ധം മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം എല്ലാവരും ചെയ്യില്ല അഗ്നിഹോത്രം അങ്ങനെയൊക്കെ അഗ്നിയെ ഉപാസന ചെയ്യുന്നവർ ചില യോഗികളൊക്കെ അഗ്നി ഉപാസകന്മാരായിരുന്നു ഇപ്പോഴും വടക്ക് തെക്കിൽ പോയാൽ പല യോഗികളും അഗ്നി എപ്പോഴുണ്ടാവും നിങ്ങള് കുംഭമേളക്ക് പോയാൽ നാഗസന്യാസികൾക്കൊക്കെ അഗ്നി ഉണ്ട് നാല് വശത്ത് അഗ്നി വയ്ക്കും ജടയുടെ മേലെ ഒരു ചട്ടിയിൽ ഒരു അഗ്നി വെക്കും ഇതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലേ നമുക്ക് ഈ ഭാരത നമുക്ക് ഈ മാനേജ്മെന്റ് ഗുരുസിനല്ലേ അറിയുള്ളു ഇപ്പോ ബിസിനസ് മാനേജ്മെന്റ് ഗുരുസ് എവിടെയാ ബിസിനസ് മാനേജ്മെന്റിന് ഭഗവത്ഗീത പഠിപ്പിക്കണവരെ നമുക്ക് പറയുള്ളൂ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലേ ഗീതാർത്ഥം അല്ലതൊക്കെ മനസ്സിലാവുള്ളൂ എന്താ ഇപ്പൊ ഈ അഗ്നിക്ക് ഇതിന് സംബന്ധം അത് തന്നെ നമുക്ക് പിടി പിടിയില്ലാതായി നമുക്കിപ്പോ അഗ്നി വേറെ ചില കാര്യത്തിനേ തലയിൽ ജടയിൽ അഗ്നി വെക്കും ഇപ്പോഴും കാണാം ഇപ്പോഴും കാണാം ഗംഗാതീരത്തിൽ പോയാൽ എപ്പോഴും കാണാം നാല് വശത്ത് അഗ്നി വെച്ച് തലയിൽ വെക്കും പഞ്ചാഗ്നി തപസ്സെന്ന് പറയും അപ്പൊ അഗ്നിയുടെ സാന്നിധ്യം ബ്രഹ്മചാരിക്ക് അഗ്നി വേണം ഗൃഹസ്ഥൻ അഗ്നി വേണം ഒക്കെ അഗ്നി വേണം എന്നാണ് എപ്പോഴാ ഈ അഗ്നി ഇല്ലാതാക്കണത് എന്ന് വെച്ചാൽ അഗ്നി അപിപി അപിപതീശ്വര അഗ്നിഹോത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞ ആള് ഭാര്യ മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാരിവ്രജ്യത്തിനായിട്ട് നിശ്ചയിച്ചിട്ടോ ഈ അഗ്നിയെ പ്രാചാപത്യഷ്ടചെയ്തി അങ്ങടെ പാനം ചെയ്യും ആ പാനം ചെയ്യുമ്പോഴാണ് അഗ്നി വസ്ത്രം ഉടുക്കണത് അതിനാണ് സന്യാസം എന്നുപേര് അഗ്നിയെ ആത്മാവിൽ ആവാഹനം ആവാഹനം ചെയ്തതിന്റെ ഒരു പ്രതിനിധാനമായിട്ട് അഗ്നി വർണ്ണത്തോടു കൂടിയുള്ള വസ്ത്രത്തിനെ ധരിച്ചും കൊണ്ട് ഇയാള് നിവൃത്തനാവുകയാണ് അഗ്നി കാര്യത്തിൽ നിന്നു സന്യാസത്തിനായിട്ട് സന്യാസിയാവൻ അപ്പോഴും ചിലർ അഗ്നി വെച്ചോണ്ടിരിക്കുന്നു അല്ലേ ഇപ്പൊ ശിരിഡി അഗ്നി എപ്പോഴും അധ്വനി എന്ന് പറഞ്ഞിട്ട് അഗ്നി എപ്പോഴും വെച്ചോണ്ട് മൂന്ന് നേരോ അഞ്ച് നേരമോ മറ്റോ അഗ്നിയുടെ മുമ്പിൽ പെട്ട് എന്തൊക്കെയോ ചെയ്യുക മനസ്സിലാവില്ല അദ്ദേഹം എന്താ ചെയ്യണം എന്തിനാപ്പൊ അത് ചെയ്യണോ ആ അഗ്നിയിൽ ചില ആഹുതിയൊക്കെ അർപ്പിക്കും എന്തൊക്കെയോ ചെയ്യും അദ്ദേഹം എന്തിനാപ്പ ഇതൊന്നും ഈ ഒക്കെ കടന്നുപോയ ഒരാൾ എന്തിനായി ചെയ്യണമെന്ന് വെച്ചാൽ അഗ്നി അഭിമാനിയായ ദേവതയെ പിടിക്കുക അത്രേ ഇവർക്കൊക്കെ ജീവൻ ഉണ്ടേ പേര് മുഖ്യമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ജലം അഗ്നി ആകാശം വായു ഭൂമി അല്ലേ ഈ അഞ്ചുമായിട്ട് സമ്പർക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതാണ് നാച്ചുറൽ ലൈഫ് നമുക്ക് ഇപ്പൊ അഞ്ചുമായിട്ട് സമ്പർക്കമില്ലേ നമുക്കുള്ളത് എത്ര കൊച്ചനാ എന്തോ പറയോ അതിനെ അതായത് ഗ്യാസിലുള്ളത് അത് അഗ്നിയല്ല ശരിയായ അഗ്നി അല്ലാത്ത തീ എന്ന് പറയണത് ഇപ്പൊ കൊണ്ട് തീ ആ പുളി തീയായിട്ട് മാറണത് അതിന്റെ സയൻസ് വളരെ സിമ്പിളാണ് ആ തീ എന്ന് പറയണത് പുളിവരകിലുള്ള ആ പുളി ആ പുളിയാണ് തീയായിട്ട് മാറണത് പ്ലാവ് ഇട്ടാൽ പ്ലാവാണ് തീയായിട്ട് മാറണത് തേക്ക് ഇട്ടാൽ തേക്കാണ് തീയായിട്ട് മാറേണ്ടത് ഇപ്പൊ നിങ്ങൾ പെട്രോളിയമാണ് തിന്നണത് ആ പുളിവരകിന്റെ അഗ്നി പാത്രത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോ ആ പുളിവരകിന്റെ അഗ്നിയാണ് പാത്രത്തിൽ പ്രവേശിച്ച് അരിയുടെ ഉള്ളിൽ പ്രവേശിക്കണത് അപ്പൊ ദൂഷ്യമില്ലല്ലോ ഇതിപ്പോ പെട്രോളിയം ഫയറാണ് പാത്രത്തിൽ പ്രവേശിച്ച് മ്മളും ഗുഡുകുടു വണ്ടിയും ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം അതും പെട്രോള് കുടിച്ചിട്ടാണ് ഓടണത് നമ്മളും പെട്രോള് കുടിച്ചിട്ടാണ് ഓടണത് എന്നർത്ഥം പെട്രോളിലാണോ പോണ ഒന്നും ശ്രദ്ധിക്കണില്ലാ നമ്മൾ എത്രയേ ഉള്ളൂ ഇതിപ്പോ വളരെ എളുപ്പമായി ഇങ്ങനെ ആക്കി ടക്ക ടക്കെന്ന് പറഞ്ഞത് അഗ്നി വന്നു നീല കളറില് കാളീ കരാളീ ച മനോജവാ ചുലോഹിതായൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചി ചേവി ലേലായ സപ്തജിഹ്വാഹം ഏഴ് കളറിൽ ആ അഗ്നി വരണമെന്നാണ് അതൊക്കെ സമിതിട്ട് കഴിഞ്ഞാൽ ഏഴ് കളറിൽ അവൾ ചെയ്തു കൊണ്ട് വരുവത്രേ എന്നിട്ട് നടുവിലായിട്ട് അങ്ങനെ ആഹുതി അർപ്പിച്ചു കൊടുക്കൂ എന്നാണ് പണം അട്ടെ അഗ്നി സൂര്യൻ നക്ഷത്രങ്ങൾ ഇങ്ങനെ അർച്ചിസ് പകല് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ദേവതകളാണെന്നാണ് പൊക്കു എല്ലാം ദിവ്യമാണ് വേദത്തില് സകലതും ദിവ്യമാണ് സർവ്വത്ര ദേവതകളുണ്ട് ഋഷികളുണ്ട് അങ്ങനെ പോകുന്നവര് തിരിച്ചു വരണില്ല എന്നാണ് ഇനിയിപ്പോ പുകയന്മാരുടെ കഥയാണോ പറയണത് അടുത്തത് നോക്കൂ ൂമോ രാത്രിസ്താണി താന്ദ്രമസം ജ്യോതി യോഗീ പ്രാപ്യവർത്തൂമൊ രാത്രി രാത്രിസമയം തഥാ കൃഷ്ണ കൃഷ്ണപക്ഷം പൗർണമിക്ക് ശേഷമുള്ള കാലം അമ്മാവാസ്യവരെ ഷണ്മാസാഹ ദക്ഷിണായനമാ ദക്ഷിണായന കാലം തത്ര ആ കാലത്തിന് പോകുന്ന യോഗി ഉണ്ടല്ലോ ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് സൂര്യമണ്ഡലത്തിലേക്കല്ല ചന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു മനസ്സും ചന്ദ്രനുമാണല്ലോ സംബന്ധം മനോമയമായ സൂക്ഷ്മരൂപം സ്വീകരിച്ച് പിതൃയാനം വഴി പിതൃമണ്ഡലത്തിലേക്ക് പോയിട്ട് നിവർത്തതെ കുറച്ചു കാലം പിതൃക്കളായിട്ട് ഇരുന്ന് അവിടെ സുഖമൊക്കെ അനുഭവിച്ചിട്ട് പിന്നീട് തിരിച്ച് വരും ഇയാള് പോയി പിതൃലോകത്തിലേക്ക് ഇയാളുടെ പൂർവ്വ ശരീരത്തിനോട് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രേത ഇവിടെ പിണ്ടാതി സംസ്കാരാതി കർമ്മങ്ങളൊക്കെ ചെയ്യണത് അത് വേറെ ഒരു ശാസ്ത്രമാണ് എന്തിനാണ് അതൊക്കെ അതിന് വേറെ കാര്യമാണ് അതിന് കഴിഞ്ഞ സംബന്ധമല്ല ഇയാൾ പോയി ഇയാള് പിതൃലോകത്തിലേക്ക് പോയി ഇയാളുടെ ക്ഷരപുരുഷനുണ്ടല്ലോ ഇയാളുടെ ശരീരത്തിനോട് അഭിമാനിച്ചു പ്രേതശരീരം എന്ന് പറയണത് അതിനെയാണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യണത് അല്ലെങ്കിൽ അത് കുറച്ച് കുറച്ച് അവശേഷിച്ചു നിൽക്കുന്ന അതൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഋഷികൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഇതൊന്നും കൂടുതൽ അറിയാൻ പോകേണ്ട ആവശ്യമില്ല നമ്മള് അനുസരിച്ചാൽ മാത്രം മതി അപ്പോ അയാള് പിതൃലോകത്തിലേക്ക് പോയി നിവർത്തതെ തിരിച്ചു നിഷ്കാമമായ കർമ്മത്തോടു കൂടിയ ഭഗവത് ഉപാസനയെ ചെയ്യുന്ന യോഗി ഓരോരോ ലോകത്തെ പ്രാപിച്ച അതാത് ലോകങ്ങളിൽ സ്വൽപകാലം ഇരുന്ന് ക്രമേണ മുക്തിയെ പ്രാപിക്കുന്നതിനാൽ അതിന് ക്രമമുക്തി എന്ന് പേര് പറയുന്നു എന്നാൽ ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്തവർ ഈ ശ്ലോകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ധൂമാതി മാർഗം എന്ന് വച്ചാൽ അവ്യക്ത മാർഗമാണ് അവരുടെ ആഗ്രഹം ഉള്ളതുകൊണ്ട് മനസ്സിലുള്ള തോട്ട്സ് ഡിസയേഴ്സ് അതാണ് ധൂമം പുക അതിലൂടെ പോയിട്ട് ആഗ്രഹങ്ങളെയൊക്കെ ഓരോ പ്ലെയിനിൽ സാധിക്കും സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ സാധിക്കണില്ലേ പല ആഗ്രഹങ്ങളും അതുപോലെ അതാത് മണ്ഡലങ്ങളിലെ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ചിട്ട് സ്വർഗാതി സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ച് വരും വീണ്ടും ഇവിടെ വന്നിട്ട് അതാത് ഫാമിലീസിൽ കുടുംബത്തിൽ തെരഞ്ഞെടുത്ത് വന്ന് ജനിക്കും മഴ പെയ്യുമ്പോ കൂടെ വീഴും എന്നാണ് പർജന്യന്റെ കൂടെ വരും എന്നിട്ട് അന്നങ്ങളായിട്ട് ഓഷതികളായിട്ടൊക്കെ വന്ന് നിൽക്കും അതിൽ അതാത് ഓഷധികളെ അതാത് പുരുഷൻ സെലക്ട് ചെയ്ത് ഭക്ഷിക്കും അതൊക്കെ വളരെ വിചിത്ര ശാസ്ത്രാണ് എന്നിട്ട് ആ പുരുഷന്റെ ഉള്ളിൽ പോയി ശുക്ലത്തില് പ്രവേശിക്കും എല്ലാ ശുക്ലത്തിലൊന്നും ജീവില്ലല്ലോ പ്രജ പ്രജോത്പത്തിക്ക് ശക്തമായ ശുക്ലം ഉണ്ടായി ഇയാളുടെ ഉള്ളില് പ്രവേശിച്ച് ഇയാളുടെ ഉള്ളില് മനോരൂപത്തിൽ നിന്നുകൊണ്ട് സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും എന്നിട്ട് സമയമാവുമ്പോ ജനിക്കും ഇങ്ങനെയാണ് പഞ്ചാഗ്നി വിദ്യ എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോ മേഘത്തിന് കൂടെ വീഴും ഓഷധികളുടെ ഉള്ളിൽ പ്രവേശിക്കും പുരുഷന്റെ ശരീരത്തിൽ പ്രവേശിക്കും സ്ത്രീയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ലോകത്തിലേക്ക് വീണ്ടും വരും പോയത് സർക്കിൾ അടിച്ച് സുഖമൊക്കെ അനുഭവിച്ച് തിരിച്ചു വന്നതാ ഇത് കൃഷ്ണമാർഗമാണ് ആദ്യം പറഞ്ഞത് ശുക്ലമാർഗമാണ് പോയി തിരിച്ചു വന്നില്ല നേരെ പോയി ഏതൊക്കെയോ ഉയർന്ന ലോകങ്ങളിലൊക്കെ പോയി അങ്ങനെ അയാൾക്കൊരാഗ്രഹവും ഇല്ലാത്തത് കൊണ്ട് ഉപാസകനായതുകൊണ്ട് ആ ഭക്തിയുടെ ബലത്തില് മേലെ മേലെ മേലെ കയറിപ്പോയി അവസാനം ഈ പ്ലെയിനിൽ ആത്മജ്ഞാനം നേടാൻ സാധിക്കാത്ത ആള് വേറെ പ്ലെയിനിൽ പോയി ജ്ഞാനം നേടിപ്പോയി രക്ഷപ്പെട്ടു പോയി ഇത് സിമ്പിൾ ലോജിക്കാണ് ഇവിടെ നിങ്ങൾക്ക് ജ്ഞാനിയാവാമെങ്കിൽ വേറെ എവിടെ ആയിക്കൂടാ ഇവിടെ നിന്നാവുന്നു ചിലരെ ചിലർ അമേരിക്കയിൽ പോയി ആവുന്നു ചിലർ വേറെ എവിടെ പോയി ആവുന്നു അതേപോലെ ഹയർ പ്ലെയിൻസ് ഏതോ ഒരു മണ്ഡലത്തിൽ പോയി അവിടുന്ന് ജ്ഞാനിയായി അയാൾ വിമുക്തനായി ഇവിടുന്ന് ഞാനോ ഒന്നും നേടിയില്ല ഉപാസനയൊക്കെ ചെയ്തു ആഗ്രഹം ധാരാളം ഉണ്ട് ജീവിതം നയിച്ചു അപ്പോഴും ഉയർന്ന ലോകത്തിൽ പോയി അപ്പൊ എവിടേക്കോ പോയിട്ട് സുഖമൊക്കെ അനുഭവിച്ച് പിന്നെ തിരിച്ചു അതാത് കുടുംബത്തിലൊക്കെ വന്ന് ജനിക്കും ഇനിയിപ്പോ നേടിയില്ല ഉപാസനയും ഭോഗവാസന മാത്രെങ്കിൽ ഇവിടെ വല്ല പുഴിയോ പുഴുവോ മരോ ചെടിയോ മൃഗോ നായോ പൂനോ പൂച്ചയോ ഒക്കെ ആയിട്ട് എന്ത് വേണേ ജനിക്കാം സ്ഥാപരാന്തഅ അധോ ഗതിഹി എവിടെ വേണമെങ്കിൽ പോവാം എന്നാണ് അവരുടെ കാര്യം ഇവിടെ എടുക്കണില്ല ഇവിടെ ഉപാസകന്മാരുടെ വിഷയം മാത്രമാണ് ചർച്ച വിഷയം ഈ കറുത്തതും വെളുത്തതുമായ മാർഗം ഉണ്ടല്ലോ അനാദികാലം മുതൽ പ്രവൃത്തമാണ് അർജുന എന്നാണ് നോക്കൂ ശുക്ല ഇത് ബ്രഹ്മവിദ്യയെക്കാട്ടും കോംപ്ലക്സ് ആണ് എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യ വളരെ യുക്തിയുക്തമാണ് ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ വേറെ വഴിയില്ല ഇത് എടുക്കേ വഴിയുള്ളൂ വേറെ വഴിയൊന്നുമില്ല ഇതിനെ നിങ്ങൾ ഞങ്ങൾക്ക് ഇതൊന്നും വിശ്വാസാവുള്ള പൊയ്ക്കോളൂർ കുഴപ്പമില്ല ഇത് നിങ്ങൾ ശ്രദ്ധയോടെ എടുക്കാനേ പറ്റുള്ളൂ വേറെ വഴിയില്ല ശുക്ല കൃഷ്ണേകീഹേം ജഗത ശാശ്വതേ ഈ ശുക്ലമാർഗവും കൃഷ്ണമാർഗവും ശാശ്വതമായി എല്ലാ കാലത്തുമുള്ളതാണ് ഒന്നിലൂടെ തിരിച്ചു വരാതെ പോകും ഒന്നിലൂടെ തിരിച്ചു വരുമെന്ന് അടുത്ത ശ്ലോകം ഇത് അറിഞ്ഞപ്പ എന്താ പ്രയോജനം യോഗീ മുഹ്യതി കഷനു കാലേഷു യോഗയുക്തോ ഭവർജുന ഈ ഉള്ളിലുള്ള ആഗ്രഹത്തിന്റെ ജടിലത കണ്ട യോഗി ആഗ്രഹങ്ങളെ വളർത്തില്ല ആഗ്രഹങ്ങൾ ഉള്ളവൻ മരിച്ചു പോയാലും രക്ഷപ്പെടാൻ പോണില്ല എന്ന് ഇത് കണ്ടാ അയാൾക്ക് അതുകൊണ്ട് ആഗ്രഹങ്ങളുടെ ജട്ടിലത അതിന്റെ കോംപ്ലക്സിറ്റി മനസ്സിലാക്കി അയാൾ എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ ന മുഹ്യതി മോഹം മോഹത്തിൽ വീണു പോകുന്നില്ല പിന്നെ എന്ത് ചെയ്യുന്നു സർവേഷുകാലേഷം എപ്പോഴും ഹേ അർജുന യോഗയുക്തോ ഭവ യോഗസ്ഥിതിയിൽ തന്നെ ഇരിക്കുക മനസ്സിന്റെ മണ്ഡലത്തിൽ വീണു പോകരുത് അർജുന മനസ്സുമായി സമ്പർക്കമേർപ്പെടാതെ ആത്മനിഷ്ഠനായിട്ടിരിക്കുക അപ്പൊ ശരീരം എപ്പോ വീണാലും നനക്ക് ഒരു കുഴപ്പവും വരാനില്ല ജീവൻമുക്തനായിട്ടിരിക്കൂ എന്നർത്ഥം ജീവൻ മുക്തനായിട്ടിരിക്കൂ ഇവിടുന്ന് പോയിട്ട് മുക്തി നേടാൻ പോലും പ്രതീക്ഷിക്കരുത് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ആത്മജ്ഞാനം സമ്പാദിക്കാനായിട്ട് ശ്രമം ചെയ്യു ജ്ഞാനനിഷ്ഠനായിട്ട് തീരു സ്വരൂപജ്ഞാനനിഷ്ഠനായിട്ട് തീരു പ്രപഞ്ചമോ ഇവിടെയുള്ള കർമ്മങ്ങളോ വ്യവഹാരങ്ങളോ ഒന്നും തന്നെ ബാധിക്കാതെ സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കൂ ഗുണാതീതനായിട്ടിരിക്കുന്നു ആത്മജ്ഞാനിയായിട്ടിരിക്കും തസ്മാത് സർവേഷു യോഗയുക്തോ ഭവാർജുന എന്ന് പറഞ്ഞു അവസാനത്തെ ശ്ലോകം നോക്കുക ഈ അധ്യായത്തിന്റെ സമാപ്തി മാഹാത്മ്യ കഥനമാണ് വേദേഷു യജ്ഞേഷു തപസ്സു ദാനു പുണ്യഫലം പ്രതിഷ്ടം അത്യേതി തത്സവമിദം വിധി യോഗീ പരം സ്ഥാനമുൈതി ചാദ്യം വേദങ്ങൾ യഥാവിധി അധ്യയനം ചെയ്യപ്പെട്ടാൽ എന്തു പുണ്യഫലമാണ് വേദത്തിൽ വിധിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് എന്ത് കിട്ടുമോ ദാനം ചെയ്യുന്നത് കൊണ്ട് എന്ത് കിട്ടുമോ അത് മുഴുവനും ഈ മാർഗത്തിന് അറിഞ്ഞാൽ കിട്ടും ഈ അധ്യായത്തിന് നല്ലവണ്ണം അറിഞ്ഞാൽ അയാൾക്ക് കിട്ടും കാരണം ഇതറിഞ്ഞാലേ വേദം എങ്ങനെ പഠിച്ചിട്ട് പ്രയോജനപ്പെടുത്തണം എന്നറിയുള്ളൂ ഇതറിഞ്ഞാലേ വേദത്തിലുള്ള കർമാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അറിയുള്ളൂ പരമേശ്വരൻ പരമ ഭൂമിയിൽ ജനിച്ച മനുഷ്യന് ഒരു വഴി ഉണ്ടാക്കി കൊടുത്തതാണ് ഈ വേദം എന്ന് പറഞ്ഞത് പറയുന്ന പന്ത്ര അനാദികാല പ്രവൃത്തമായ പന്ഥാവ് അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർവത്തോ ഭദ്രമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വേദം ചെയ്യുന്നത് പഠിക്കുന്നത് ഇതിനു ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് എന്നൊക്കെ അറിയുന്ന ആള് സ്ഥാനത്തിന് പ്രാപിക്കുന്നു മാത്രല്ല വേദത്തിന്റെ ലക്ഷ്യം ആത്മജ്ഞാനമാണെന്നു കൂടെ നമ്മളറിയും ഇത് അറിയുമ്പോ അറിയാം എല്ലാത്തിന്റെയും ഫലം സ്വസ്വരൂപജ്ഞാനമാണ് ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ നമ്മൾ വിമുക്തരാകും ഉറവായ വെള്ളിരിപ്പഴം വിട്ടുവരുന്ന പോലെ കൊട്ടത്തേങ്ങ പോലെ കൊട്ടത്തേങ്ങ ഉള്ളു വിട്ടു വരുന്ന പോലെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ അഖണ്ഡ അദ്വയമായ വസ്തുവാണ് ഞാൻ നിത്യശുദ്ധമായ പൂർണ്ണ വസ്തുവാണ് ഞാൻ എനിക്ക് ബന്ധമില്ല മുക്തനാണ് ആത്മാവാണ് എന്നുള്ള അനുഭവം ഹൃദയത്തിലെ സ്വയം പ്രകാശമാനമായി തെളിഞ്ഞാല് ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ജീവൻ വിമുക്തനാവുന്നു ആ പരമപഥമാണ് വൈകുണ്ഠം അത് തന്നെ കൈലാസം അത് തന്നെ ജീവൻമുക്തി അത് തന്നെ ആത്മജ്ഞാനം അത് തന്നെ യോഗസ്ഥിതി അത് സ്ഥിതപ്രജ്ഞത്വം അത് തന്നെ ഗുണാതീത ഭക്തന്റെ അവസ്ഥ ജ്ഞാനിയുടെ അവസ്ഥ ഒക്കെ ആ ജ്ഞാനത്തിനെ ആ കാണിക്കാനാണ് ഭഗവാൻ ഇത്രയൊക്കെ ഉപന്യസിച്ചത് ഈ അക്ഷരബ്രഹ്മയോഗം എന്ന് പറയുന്ന അതീവ വിഷമം പിടിച്ചതായി അധ്യായം എന്നുവെച്ചാൽ ലോകത്തിൽ കാണുന്നതുമല്ല യുക്തിക്ക് വിളങ്ങുന്നതുമല്ല നമ്മളുടെ നിത്യസിദ്ധമായ അനുഭവത്തിൽ ഇപ്പോ അറിയപ്പെടുന്ന വിഷയവുമല്ല അങ്ങനത്തെ വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചത് ആ കാര്യത്തിനെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് അനുസന്ധാനം ചെയ്തു ഇത് ഒരു നമുക്ക് വലിയ ഹോപ്പാണ് ഒന്നും കിട്ടിയില്ല എന്ന് തോന്നിയാൽ പോലും യു ആർ സേഫ് ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല എന്നാണ് സർവത്തോ ഭദ്രമായ ഒരു മാർഗത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടുന്ന് മേൽക്കുമേൽക്കുമേൽക്കുമേലെ ഉയർന്ന മണ്ഡലങ്ങളാണ് എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും എവിടെങ്കിലുമൊക്കെ ജ്ഞാനസ്ഫൂർത്തി ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ട് ആണ് ഈ അധ്യായത്തിനെ ഭഗവാൻ ഇങ്ങനെ ഉപന്യസിച്ചത് അക്ഷരബ്രഹ്മയോഗം എന്ന് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദ താരക ബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ അക്ഷരബ്രഹ്മയോഗം താരക ബ്രഹ്മയോഗം എന്നൊക്കെ പേര് എന്നുവെച്ചാൽ അവസാനമാവുമ്പോ വഴി കാണിക്കുന്നതാണ് ഈ താരകം എന്ന് പറഞ്ഞത്തെ അങ്ങനെ വഴി കാണിച്ചു നമുക്ക് വഴി കാണിച്ചു വിട്ടു ഭഗവാൻ അടുത്ത അധ്യായം അടുത്ത വർഷം നോക്കാം ഞാൻ ആരു എന്നുള്ള പുസ്തകമാണ് യജ്ഞപ്രസാദായിട്ട് കൊടുക്കണത് യജ്ഞപ്രസാദുമായിട്ട് നമ്മൾ കൊടുക്കണത് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു യജ്ഞപ്രസാദമാണ് ഒരു നിങ്ങൾക്ക് ഒരിക്കലും ഇതുവരെ ഇത്രയും വിശിഷ്ടമായോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല സർവവേദത്തിന്റെയും സാരമാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ മുഴുവൻ സാരമാണ് നിങ്ങളത് ഒരു ദിവസം ഒരു പ്രാവശ്യം വായിക്കുക എന്ന് വെച്ചാൽ മതി അത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിത്യപാരായണത്തിൽ വെക്കുക എപ്പോഴെങ്കിലുമൊക്കെ തെളിയും തനി മലയാളത്തിലാണ് വേറെ ഒന്നുമില്ല ദിവസവും വായിക്കാം എല്ലാ ശാസ്ത്രങ്ങളെയും തുറക്കാനുള്ള താക്കോൽ അതിനകത്തുണ്ട് അതുകൊണ്ട് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും സകല പ്രകരണ ഗ്രന്ഥങ്ങളുടെയും ഉപനിഷത്തിന്റെയും വേദത്തിന്റെയും ഒക്കെ സാറിന് അതിനകത്തുണ്ട് ആ ഒരു കൊച്ച ഗ്രന്ഥാണ് യജ്ഞപ്രസാദായിട്ട് അത് നിങ്ങൾക്ക് സ്വീകരിച്ചു കൊണ്ടുപോയിണ്ട് അത് ഭക്തിയോടെ കൊണ്ടുപോയി വെക്ക ഒരു പക്ഷെ സൂക്ഷിച്ച പൂജയിൽ എടുത്തു വെക്ക ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കും ആർക്കെങ്കിലും കിട്ടും അതുകൊണ്ട് ആ ഒരു പ്രസാദം കൂടെ വാങ്ങിക്ക